അതുകൊണ്ടാണ് ഇതിനെ സാർവലൗകികം എന്ന് പറയുന്നത് അതുകൊണ്ട് ലാഭാലാഭങ്ങളുടെ കണക്ക് നോക്കാതെ ജയപരാജയങ്ങളുടെ കണക്ക് നോക്കാതെ എന്താ വേണ്ടത് നീ യുദ്ധത്തിലേക്ക് അതിനെ മുഴുവൻ സമഭാവത്തിൽ കണ്ടുകൊണ്ട് ഈ സമത്വം കാണണമെങ്കിൽ അവൻ തന്നെ അറിയണം എന്നിട്ട് നീ എന്ത് ചെയ്യൂ ഇതിലേക്ക് പ്രവേശിക്കൂ യുദ്ധായ യുജ്യസ്വ യുദ്ധത്തിന് നീ ഉൾപ്പെടും അങ്ങനെയാണെങ്കിലോ ഏവം ഇപ്രകാരം നീ ചെയ്യുന്നുവെങ്കിൽ പാപം അവാപ്സ്യസി നിന്നെ പാപം ബാധിക്കുന്നതല്ല ഈ ഒരു ഭാവത്തോടുകൂടി തന്നെയാണ് ഏറെക്കുറെ നമ്മൾ എന്തെങ്കിലും വിജയം കൈവരിക്കാൻ ആർക്കെങ്കിലുമൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധഭൂമിയിൽ ഇങ്ങനെയൊക്കെ സാധിക്കുന്ന ഇപ്പം നമ്മുടെയൊക്കെ ജവാന്മാർ അതിർത്തിയിൽ എന്തിനോടെങ്കിലും അവർക്ക് സംഘം ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അവിടെയൊന്നും നിൽക്കാൻ പറ്റില്ല നിങ്ങളിപ്പം ടൈഗർ ഈ കാർഗിൽ ഓപ്പറേഷനിലൊക്കെ ആ ടൈഗർ ഹില്ലിലൊക്കെ ഏഴ് ദിവസങ്ങളാണ് അത്ര ഒരു പുറത്ത് അറുപത് കിലോ ഭാരം എടുത്തുവെച്ച് ഏഴ് ദിവസം കൊടും മഞ്ഞിൽ കയറണം കൊടും മഞ്ഞിൽ കയറിക്കൊണ്ടിരിക്കുക എന്ന കയറ് കയറ് കയറുക അപ്പൊ അവരുടെയൊക്കെ ഉറക്കവും മറ്റ് സംഗതിയൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ സന്യാസിമാരേക്കാൾ തീവ്ര തപസ് ചെയ്യുന്ന ആളുകളാണ് ആ ഒരു വേള അവർക്ക് ഭാര്യയെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് അമ്മയുടെ അസുഖത്തെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഘം വന്നാൽ പിന്നെ കയറാൻ പറ്റില്ല ഏതോ ഒരു പല എന്താ പറയുക അദൃശ്യമായിട്ടുള്ള കരങ്ങളും അതുപോലെ അവർക്ക് ആ സ്വദേശത്തോടുള്ള അങ്ങേയറ്റത്തെ എന്താ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതുകൊണ്ട് ശത്രുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന തീവ്രമായ ഇച്ഛം അതൊക്കെയാണല്ലോ അവരെ അതിലേക്ക് നയിക്കുന്നത് അല്ലാതെ വെറുതെ അങ്ങോട്ട് ചെയ്യല്ലോ വെറുതെ കുറെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും പോയിട്ടിങ്ങനെ ചെയ്യോ അവരുടെ ട്രെയിനിങ് തന്നെ അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ നമ്മുടെ യുവാക്കൾക്ക് രണ്ട് ട്രെയിനിങ്ങാണ് കിട്ടേണ്ടത് ഒന്ന് മിലിട്ടറിയുടെ ഒരു രണ്ട് വർഷത്തെ ട്രെയിനിങ്ങും പിന്നെ നമ്മുടെ സാന്ദീപനി ബ്രഹ്മചാരി ട്രെയിനിങ്ങും ഇത് രണ്ടും കൂടെ മിക്സപ്പ് ആയാൽ ഗംഭീരമാവും രണ്ടും വേണം ഒന്ന് ശരീരത്തിന് കിട്ടേണ്ടതും ഒന്ന് മനസ്സിന് കിട്ടേണ്ടതും അതിനൊരു നല്ല എവിടെയും കിടക്കാനും എവിടെയും അവർ പോകുന്ന കണ്ടിട്ടില്ല ട്രെയിനിലും അതിലും അവർക്കൊന്നും അതിനൊന്നും ഒരു വിഷമവും ഇല്ല നമുക്കങ്ങനെയല്ല നൂറായിരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും അവിടെയൊക്കെ പോണം നമ്മൾ ബദരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഓഫ് സീസണിൽ മിലിറ്ററി മാത്രമേ ഉണ്ടാവുള്ളൂ അപൂർവമായിട്ടുള്ള സാധുക്കൾ അതായത് മഹാത്മാക്കൾ കഴിയും അവിടെ അപൂർവമായിട്ട് ആ ഹിമാലയമായിട്ട് ചേർന്നുള്ള ബാക്കി മുഴുവൻ ഇവർ തന്നെയാണ് അവിടെ അതുപോലെ കൈലാസം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തി പറ്റിൽ അവിടെയൊക്കെ നമ്മുടെ തന്നെ കാശ്മീര് അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഹിമാലയൻ ഇതിലൊക്കെ ഇപ്പം കേദാർനാഥ് എന്ന് പറഞ്ഞാൽ അത് തൊട്ട് കഴിഞ്ഞാൽ എല്ലാം ചൈനയാണ് അപ്പൊ ആ ബോർഡറിലൊക്കെ നമ്മുടെ മിലിറ്ററി മാത്രമേയുള്ളൂ അവരൊക്കെ കഴിയുന്നത് ശമ്പളം പോലും മേടിക്കാൻ കയ്യിൽ കാണില്ല കയ്യിൽ കിട്ടിയിട്ടും കാര്യമില്ല അതൊക്കെ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ മറ്റു പല വഴിയോ ആയിരിക്കും അവർക്ക് ചെലവാക്കാനും സ്ഥലങ്ങൾ ഒന്നും ഈ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്ന് മാത്രമേ അത് ചെയ്യാൻ തന്നെ സാധിക്കുകയുള്ളൂ അവിടെ സംഘത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട് അപ്പം ഇതിൽ ഭഗവാൻ പറയുന്നു എന്താണ് ഇതിനെ വിട്ടുകൊണ്ട് നീ എന്ത് വേണം ഇതിനെ ചെയ്യാൻ അർജുന തയ്യാറാവൂ അങ്ങനെയെങ്കിലും നിന്നിൽ പാപം ഏൽക്കുന്നതല്ല ഇത്രയും പറഞ്ഞ് സംഖ്യയോഗത്തെ ഭഗവാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് സംഖ്യയോഗം എന്നുള്ളത് തുടർന്ന് ഈ സാഖ്യയോഗം ഭഗവാൻ തന്നെ ഉപസംഹരിക്കുന്നത് ഈ ശ്ലോകത്തില് പറയും ബുദ്ധിയുക്തോ യാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസേ ഭഗവാൻ പറയുന്നു ഹേ പാർത്ഥ അല്ലയോ അർജുന തേ നിനക്ക് അഭിഹിത ഏഷാ ബുദ്ധിഹി സാങ്കേ ഞാൻ ഇതുവരെ ഉപദേശിക്കപ്പെട്ട ജ്ഞാനം സാഖ്യമാണ് സാഖ്യ ശാസ്ത്രത്തെയാണ് ഞാൻ ഇതുവരെ ഉപദേശിച്ചത് എന്താ ഭഗവാൻ പറയുന്ന സാഖ്യ ശാസ്ത്രം അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംഗ്രഹിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭഗവാൻ ഇവിടെ പറഞ്ഞു ഏതാണോ ജനിക്കുന്നത് മനസ്സിലാക്കുക കഴിഞ്ഞ പിറകിലേക്ക് പല ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെയൊന്ന് സംഗ്രഹിക്കുകയാണ് ഏതാണോ ജനിക്കപ്പെടുന്നത് ഏതൊന്നാണോ നിലനിൽക്കുന്നത് ഏതൊന്നാണ് വളർന്നു വരുന്നത് ഏതൊന്നാണ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് ഏതൊന്നാണ് ക്ഷയിക്കുന്നത് ഏതൊന്നാണ് നശിക്കുന്നത് അത് നീയല്ല ഏതൊന്നാണ് ഉണ്ടായി നിലനിന്ന് വളർന്ന് പരിണമിച്ച് വികസിച്ച് ക്ഷയിച്ച് ഇല്ലാതെയാകുന്നത് അത് അർജുന നീയല്ല പിന്നെ നീ ആരാണ് ഇതെല്ലാം നിരീക്ഷിക്കുന്നവനാണ് നീ സാക്ഷിയാണ് നീ ആ സാക്ഷിയായ ബോധം ആത്മാ നിത്യമാണ് അതിനെ ഒരുവന് അറിയാൻ സാധിക്കുമോ ഇന്ദ്രിയങ്ങൾക്കത് വിഷയമല്ല അതുകൊണ്ടതിനെ അവ്യക്തം അചിന്ത്യം എന്നൊക്കെ പറഞ്ഞു അത് നിരീക്ഷിക്കുന്നവനാണ് നമ്മളെന്ന് പറയാം അതിന് ഭഗവാൻ ചില ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു ഏത് പ്രകാരത്തിൽ ബാല്യം യൗവനം ഇത്യാദികളെ നോക്കിക്കണ്ടുവോ ബാല്യം വിട പറയുന്നത് നിരീക്ഷിച്ചവനാണ് ഞാൻ യുവത്വത്തിൻ്റെ ആഗമനം നിരീക്ഷിച്ചവനാണ് ഞാൻ ഇതെല്ലാം കടന്നുപോയി കടന്നു പോകുന്നതും കണ്ടവനാണ് ഞാൻ ഇത് ഞാൻ ഒന്ന് ഒരൽപ്പം മാറി നിന്നാൽ ഞാൻ ബാല്യമായിരുന്നുവെങ്കിൽ ബാല്യത്തോടൊപ്പം ഞാൻ ഇല്ലാതാകുമായിരുന്നു അർജുന നീ കുട്ടിയായിരുന്നുവെങ്കിൽ കുട്ടി മരിക്കുന്നതോടുകൂടി നീ മരിക്കുമായിരുന്നു അതുകൊണ്ട് നീ ബാല്യമല്ല നീ ബാലനല്ല നീ യുവാവല്ല നീ വാർദ്ധക്യം വൃദ്ധനുമല്ല നീ അതിനെല്ലാം സാക്ഷിയാണോ ഈ സത്യത്തെ ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചു ീ സാങ്ക്യ ദർശനത്തിൻ്റെ നമ്മുടെ ഭാരതത്തിൽ ഷഡ് ദർശനങ്ങൾ എന്ന് പറയും ആറ് ദർശനങ്ങൾ ഷഡ് ദർശനങ്ങൾ അതിലൊന്നാമത്തെ ദർശനമാണ് സാങ്ക്യം സാങ്ക്യ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കപില മഹർഷിയാണ് ആരാണ് കപില മഹർഷി എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ് കപില കർദമ പ്രജാപതിയിൽ ദേവഹൂതിയിൽ ജനിച്ച പുത്രനാണ് കപിലൻ കപിലൻ ഈ ആശയത്തെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എണ്ണി എണ്ണിയിട്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം വേദാന്തത്തിന്റെ താത്പര്യം തന്നെയാണ് സാങ്കേ്യശാസ്ത്രം എന്താ പറയുക സ്വീകരിച്ചിട്ടുള്ളത് ഉൾക്കൊള്ളുന്നത് എന്ന് പറയാം കപിലന്റെ സാഖ്യം പതഞ്ജലിയുടെ യോഗം ഗൗതമന്റെ ന്യായം അതുപോലെ വൈശേഷികം വൈശേഷികം എന്ന് പറഞ്ഞാൽ കണാദൻ്റെ കണാദൻ്റെ വൈശേഷികം കണാദൻ എന്ന് പറഞ്ഞാൽ കണങ്ങളിൽ ഇത് ശരിക്കും ഫിസിക്സാണ് ആക്യത്തിൽ ഗവേഷണം നടത്തി നടത്തിയ ആളാണ് കണാദൻ നമ്മുടെ ഋഷി അവരൊക്കെ വലിയ വലിയ ഈ എന്താ പ്രപഞ്ച ആധുനിക ശാസ്ത്രത്തിൻ്റെ മുൻപിലും പ്രപഞ്ചത്തിൻ്റെ ആധാരം അതുതന്നെയാണ് വിഷയം എന്താണ് ഈ വിശ്വം ഈ അന്വേഷിക്കുന്നവനായി ഈ രണ്ട് ചോദ്യമാണ് ഋഷിക്കുണ്ടായിരുന്ന ചോദ്യം ഇതുതന്നെയാണ് എന്താണ് ഒരു പദാർത്ഥം അതിൻ്റെ ശരിയായ സ്വഭാവം എന്താണ് അതിനീ രൂപം നൽകിയതാരാണ് അതിനെ രൂപമെടുത്തു മാറ്റിയാൽ എന്താവും ഇത്യാദി കാര്യങ്ങളൊക്കെ വൈശേഷിക ശാസ്ത്രത്തിലെ വലിയ വിഷയമാണ് അതിൻ്റെ ഉപജ്ഞാതാവ് കണാദനാണ് പേര് തന്നെ കണാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് കണത്തിൽ കണാദൻ്റെ വൈശേഷികം അതുപോലെ ജൈമിനി മഹർഷിയുടെ പൂർവമീമാംസ എന്ന് പറയും ജൈമിനി വ്യാസ ഭഗവാൻ്റെ ശിഷ്യനാണ് പൂർവമീമാംസ ജൈമിനിയുടെ പൂർവമീമാംസ വ്യാസൻ്റെ ഉത്തരമീമാംസ ഉത്തരമീമാംസ വേദാന്തത്തിൻ്റെ സമസ്ത താത്പര്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഉത്തരമീമാംസ അതായത് ജ്ഞാനകാന്ഡം മറ്റേത് കർമ്മകാണ്ഡം ഇങ്ങനെ സാങ്ക്യം യോഗം ന്യായം വൈശേഷികം പൂർവമീമാംസ ഉത്തരമീമാംസ ഈ ആറെണ്ണത്തിനെയാണ് ഷഡ് ദർശനങ്ങൾ എന്ന് പറയുക അതിൽ സാഖ്യ ദർശനത്തെയാണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചത് പറയണേഷ ഹേ പാർത്ഥ തേ അഭിഹിത ഏഷ ബുദ്ധി സാഖ്യേ അർജുന ഞാൻ നിനക്ക് ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഈ ജ്ഞാനം ഈ അറിവിന്റെ ശാഖ എന്താണ് സാങ്ക്യമതത്തിലേതാണ് സാങ്ക്യദർശ സമ്യ ഖ്യായതേ ആത്മാ ഇതി സാഖ്യം എന്നാണ് നല്ലപോലെ ആത്മാവിനെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കലാണിത് അതിനതിൻ്റെ പരിമിതികളുണ്ട് ആത്മാവിനെക്കുറിച്ച് പറയുന്നൊരു ശാസ്ത്രം നന്നായി പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അതിൽ എന്തുണ്ട് പ്രതിജ്ഞയുണ്ട് ഉദാഹരണമുണ്ട് ഹേതുണ്ട് അതിനൊരു നിഗമനവും ഉണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു ഇനി യയാ ബുദ്ധിയ യാതൊരു ബുദ്ധിയോട് യാതൊരു ജ്ഞാനത്തോടുകൂടി യുക്ത കൂടിയവനായാൽ കർമ്മബന്ധം പ്രഹാസ്യസി നീ കർമ്മബന്ധത്തെ വിട്ടുപോകുമോ യാതൊരു ബുദ്ധിയോടുകൂടിയാൽ നിന്നിൽ കർമ്മബന്ധം അവശേഷിക്കുന്നില്ലയോ അതിന് യോഗേ ആ യോഗ വിഷയത്തിലുള്ള ഇമാം തു ശൃണു ഇതിനെ നീ എന്നിൽ നിന്ന് കേട്ടാലും ഇനി ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുവരെ കേട്ട അറിവിനെ എങ്ങനെ പ്രവൃത്തി കൊണ്ടുവരാം അതിനെയാണ് പറയാൻ പോകുന്നത് അതായത് ഇതുവരെ തിയററ്റിക്കൽ ആയിട്ടായിരുന്നു ആ തിയറി തിയറിയെ എങ്ങനെ പ്രാക്ടിക്കലാക്കാം അത് എന്നിൽ നിന്ന് നീ കേട്ടാൽ ശരിക്കും കർമ്മയോഗം ആരംഭിക്കുന്നത് ഇവിടുന്ന് അടുത്ത അധ്യായത്തിന് കർമ്മയോഗം എന്ന് പേരുണ്ടെങ്കിലും ഈ രണ്ടാം അധ്യായം ഭഗവത്ഗീതയിലെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതാണ് പ്രത്യവോന വിദ്യത്തെ സ്വൽപ്പയാ nashosti നേഹാഭിക്രമനാശോസ്തി പ്രത്യമായോ നൽപ്പമപ്യസ്യ iha, ത്രായതേ മഹതോ ഭയാ ഇഹ ഇവിടെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഈ arjuna, കർമ്മയോഗത്തിൽ idu അർജുന ninakku ഇതുവരെ നിനക്ക് പറഞ്ഞു തന്നത് abhikrama nashaha na asti അഭിക്രമനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരംഭനാശം രണ്ട് നാശങ്ങളാണ് ഇവിടെ പറയുന്നത് അഭിക്രമനാശവും പ്രത്യവായ നാശവും ദോഷവും രണ്ട് ദോഷങ്ങൾ അത് സംഭവിക്കുന്ന അതില് അത് ഈ രണ്ട് ദോഷങ്ങൾ ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് പറയാം എന്താ തുടങ്ങി അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറയും കൃഷി മുതലായിട്ടുള്ളതൊക്കെ കൃഷി മുതലായിട്ടുള്ള കാര്യങ്ങളിൽ അഭിക്രമനാശം സംഭവിക്കും എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വിത്ത് വിതച്ചു കാളയെ കൊണ്ട് വയൽ പൂട്ടി അതിൽ വിത്ത് വിതച്ചു വിത്ത് വിതച്ചു വിത്ത് മുളച്ചു നെൽച്ചെടികൾ വളർന്നു ഇനി എന്ത് വേണം ആ നെൽച്ചെടികൾക്കൊരു പ്രായമായി കഴിഞ്ഞാൽ അതിനൊരു ആഴ്ചകളുണ്ട് അതായി കഴിഞ്ഞാൽ അതിനെ മുഴുവൻ പറിച്ചെടുക്കണം പറിച്ചെടുത്തിട്ട് അതിനെ വീണ്ടും അതിനെ കറ്റയാക്കി കെട്ടിയിട്ട് കെട്ടി കെട്ടി കെട്ടിവെച്ച് അതിനെ വീണ്ടും എന്ത് വേണം അതിനെ ഉഴുത് മറിച്ചിട്ട് ഓരോന്ന് ഓരോന്നിനെ ഇത്ര ഇത്ര അടി എന്താണ് അതിന് രണ്ടും അകലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ കുഴിച്ചിടണം അതൊന്നും ചെയ്യുന്നില്ല അതിനെ അങ്ങനെ വിതച്ചു അതങ്ങനെ തന്നെ അവിടെ ഉണ്ടാവുകയാണെങ്കിലോ അതങ്ങനെ അധികമൊന്നും വിള തരില്ല അത് കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നും മട്ടിൽ കുറച്ചെണ്ണം അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടായി കുറച്ചുണ്ടാവും അത്രയേ ഉള്ളൂ ആ വിത്ത് കൊണ്ടുവന്ന് നട്ടു പാവൽ മുളച്ചു പാവൽ മുളച്ച് അങ്ങനെ അങ്ങനെ അവിടെ കിടക്കുക അതിങ്ങനെ എഴയാൻ തുടങ്ങി അതേസമയത്ത് അതിനൊരു തടവെടുത്തു അതിനൊരു വടികുത്തി കൊടുത്തു വടികുത്തി കയറ്റി നാല് കാല് കൊടുത്തു ഒരു പന്തലിട്ടു അതൊക്കെ ചെയ്താലോ അതിന് ഒരു തുടർച്ചയായിട്ടുള്ളൊരു അതായത് തുടർ പ്രക്രിയ കൃഷി മുതലായിട്ടുള്ളതിൽ നമ്മുടെ തുടർ പ്രക്രിയ വേണം ഈ വിഷയത്തിൽ എന്താ ഒന്ന് തുടങ്ങിവെച്ച് വിത്തിട്ടു അത് മുളച്ചോളും എന്നാ ഭഗവാൻ പറയുന്നു അതുകൊണ്ട് ആദ്യത്തെ നാശം ഇവിടെ സംഭവിക്കുന്നില്ല ഏത് അഭിക്രമ നാശം തുടങ്ങി അഖണ്ഡ ഗീതാജ്ഞാന യജ്ഞം പത്ത് ദിവസം കേട്ടു കേട്ടു കുഴപ്പമില്ല പത്ത് ദിവസത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യും അതുകൊണ്ടൊരു കുഴപ്പമില്ല എന്ന് പറയാം ഇനി പറയണു നവിദ്യത പ്രത്യവായ നവിദ്യത പ്രത്യവായ എന്ന് പറഞ്ഞാൽ ചികിത്സാവത് എന്നാണ് ചികിത്സയിലുണ്ടാകുന്ന ദോഷങ്ങൾ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ കേട്ടിട്ടുണ്ട് ഒരാളെ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു കൊണ്ടുവന്നു പാമ്പ് കടിച്ചു കൊണ്ടുവന്നു അപ്പം നോക്കുമ്പോൾ ബെഡില്ല അപ്പം അയാളെ തൽക്കാലം നിലത്ത് കിടത്തി നിലത്ത് കിടത്തിയിട്ട് പിന്നെ അവിടെ ആശുപത്രിയിൽ ആരോ സ്വാധീനമുള്ള ഒരാൾ വന്നിട്ട് ബഹളം ഉണ്ടാക്കി ഈ നിലത്ത് കിടത്തിയ രോഗിയെ പിടിച്ചിട്ട് കിടക്കയിൽ കിടത്തി അപ്പോൾ കിടക്കയിലൊരു പനി പിടിച്ച ഒരാളുടെ അയാളെ പിടിച്ച് താഴെ കിടത്തി അവിടേക്ക് നേഴ്സ് പോയിട്ട് ഈ പാമ്പ് ആൾക്ക് ആൻറ്റി പോയിസൺ കുത്തിവെക്കണം അത് ഈ പനി പിടിച്ച ആൾക്ക് കൊടുത്തു പിശുക്കോ അയാളുടെ കാറ്റ് പോയി അപ്പോൾ ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കണം എന്നുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ മരുന്ന് മാറിപ്പോയാലോ ഈ മാറിപ്പോകുന്ന ദോഷത്തിനാണ് പ്രത്യവായ ദോഷം എന്ന് പറയാം മരുന്ന് മുതലായിട്ടുള്ളതിൻ്റെയൊക്കെ മാറ്റത്തിൽ പിന്നെ ചില സ്വാധീനങ്ങളുണ്ടാവും ഒരു കണ്ണ് കാണാത്ത കുട്ടിക്ക് ഒരു രാ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പം കണ്ണ് ദാനം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ കണ്ണ് ദാനം ചെയ്തു അങ്ങനെ ആ കണ്ണിനെ എടുത്തിട്ടാണ് ഈ കുട്ടിക്ക് വെച്ചത് അപ്പോൾ കാഴ്ചയൊക്കെ ഉണ്ട് നല്ല കാഴ്ചയുണ്ട് കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു എങ്ങനെയുണ്ട് നന്നായിട്ട് കാണുന്നുണ്ട് പക്ഷേ അവനേത് നേരം കസേരയിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് കസേര കണ്ട അവൻ അതെന്നിങ്ങനെ അങ്ങനെയൊരു അതിൻ്റെ ഒരു സ്വാധീനം തമാശയാണ് അതൊരു സ്വാധീനം ഇങ്ങനെ രണ്ട് ദോഷങ്ങൾ പ്രത്യവായ ദോഷവും അഭിക്രമ നാശവും ന വിദ്യതെ ഈ വിഷയത്തിൽ സംഭവിക്കുന്നതല്ല എന്തുകൊണ്ടെന്നാൽ അസ്യധർമ്മ സ്വൽപ്പമപി ഈ ധർമ്മത്തിൻ്റെ സ്വൽപ്പം ഒരൽപ്പം എന്തുണ്ടാക്കുന്നു മഹതഹ ഭയാത് ത്രായതെ ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കാൻ പോന്നതാണ് അസ്യ ധർമ്മ സ്വൽപ്പമഭി ത്രായതേ മഹതോ ഭയ നമുക്ക് ഭഗവാൻ തരുന്ന ഉറപ്പാണ് ഇതിനെയാണ് നാം ആശ്രയിക്കേണ്ടതെന്ന് പറയും അല്ലാതെ വെറുതെ ഭയത്തിൽ നിന്ന് നീങ്ങാൻ വേണ്ടി നിങ്ങൾ ചരട് കെട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ടോ ഒന്നും വീട്ടിൽ കുറ്റിയടിച്ചതുകൊണ്ടോ അതൊക്കെ വീണ്ടും ഭയം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടറിയാം ഭയം എന്ന് പറഞ്ഞാൽ ദ്വിതീയാതുവായി ഭയം ഭവതീന്ന് രണ്ടിൽ നിന്ന് ഈ ഭയം ഉണ്ടാവുന്നത് ഇവിടെ രണ്ടില്ല എന്നറിഞ്ഞ ആൾക്ക് പിന്നെന്താ ഭയം അതേത് ചെകുത്താൻ വന്നിട്ട് വേണമെങ്കിൽ നമ്മളോട് എന്ത് വേണമെങ്കിൽ ചോദിച്ചോട്ടെ നൂറുണ്ടോ എന്നൊക്കെ ചോദിക്കും വെള്ളിയാഴ്ച ഇല്ല രണ്ട് അമ്പതേ ഉള്ളൂ എന്ന് പറയാം അയാൾ നോക്കിക്കോളൂ നൂറുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുണ്ടാവും നൂറ് ചോദിച്ചു അങ്ങനെ വേനാക്കത്തിയുടെ തുചത്ത് വെച്ചു കൊടുത്തു തീപ്പട്ടി ചോദിച്ചു അങ്ങനെ പല ഇതും ഉണ്ട് ഇതൊക്കെ കണ്ടും കേട്ടിട്ടുമൊക്കെ കിടന്നുറങ്ങിയിട്ട് എന്തിനെയോ ഭയന്നിരിക്കുക ഇത് എല്ലാ ഭയത്തെയും നമ്മളെ മറുകരക്കി കൊണ്ടുപോകുന്ന ഇതിൻ്റെ സ്വൽപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരൽപ്പത്രമായി എടുത്ത് അതിനെ മതനം ചെയ്ത് അതിനെ അങ്ങോട്ട് എന്താ ആവാഹിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മെ താരണം ചെയ്യിക്കാൻ പോകുന്നതാണ് എന്ന് ഭഗവാൻ ഒരു പരസ്യം ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പരസ്യമാണ് ഒരു അഡ്വർടൈസ്മെൻറ്റാണ് പറയാൻ പോകുന്ന യോഗശാസ്ത്രത്തെക്കുറിച്ച് ഇത് എല്ലാ ഭയത്തെയും നമ്മളെ മറുകരക്കി കൊണ്ടുപോകുന്ന ഇതിൻ്റെ സ്വൽപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരൽപ്പത്രമായി എടുത്ത് അതിനെ മതനം ചെയ്ത് അതിനെ അങ്ങോട്ട് എന്താ ആവാഹിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മെ താരണം ചെയ്യിക്കാൻ പോന്നതാണ് എന്ന് ഭഗവാൻ ഒരു പരസ്യം ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പരസ്യമാണ് ഒരു അഡ്വർടൈസ്മെന്റാണ് പറയാൻ പോകുന്ന യോഗശാസ്ത്രത്തെക്കുറിച്ച് ഒരു പരസ്യം തന്നിരിക്കുക എന്നിട്ട് ഭഗവാൻ പറയും നോക്കാം വ്യവസായത്മകുദ്ധി നന്ദുശാഖാ ഹി അനന് ബുദ്ധയത്മകുദ്ധി വ്യവസായത്മക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മൈൻഡ് എന്ന് ആരോ പറയണ്ടായി അതല്ല നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും വ്യവസായാത്മിക ബുദ്ധി ഒരു വ്യവസായിയുടെ ബുദ്ധി എന്ന് അതേതുപോലെയാണെന്ന് ചോദിച്ചാൽ ആ അതിൽ ഇപ്പൊ അങ്ങനെയുള്ള പല ബുദ്ധികളും ഉണ്ടല്ലോ ഈ അടുത്ത കേട്ട ഒരു തമാശ ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്ത് പോയിട്ട് അവരോടിങ്ങനെ അദ്ദേഹം പഴയ ഒരു മലയാളത്തിലെ ഗാനം അങ്ങനെ ആലപിച്ചുകൊണ്ട് അവരുടെ അടുത്ത് ചെന്നു എന്നാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സന്ധ്യയ്ക്കെന്തിന് സിന്ധൂരം അതേ വളരെ ഈണത്തിലിങ്ങനെ പാടി സന്ധ്യക്കെന്തിന് സിന്ധു അതിന്റെ രീതി തല്ല സ്വാമിക്ക് അത്ര ആ പിന്നെ കാടാറിനെന്തിന് പാതസരം ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞിട്ട് അടുത്തു പോയിട്ട് പറഞ്ഞു എന്റെ കൺമണിക്ക് എന്തിന് ആവരണം എന്ന് പറഞ്ഞു ആ കഴുത്തിലുള്ളതൊക്കെ ഇങ്ങോട്ട് അഴിച്ചു പണയും വെച്ച് വരാം ഇത് ഒരു വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു ബുദ്ധിയാണ് അങ്ങനെ ഒരു ബുദ്ധിയെക്കുറിച്ചല്ല ഇപ്പൊ കാടിൻ്റെ കാലമാണല്ലോ കാട് ഷോപ്പിൽ പോയിട്ട് അവിടെ പോയി ഇങ്ങനെ തിരഞ്ഞു നോക്കുക ഏതാ നല്ല നല്ല വാക്കുകൾ ഗംഭീരങ്ങളായിട്ടുള്ള അപ്പൊ ഒരു നല്ല കാട് കണ്ടു ഓ അതിലെഴുതിയിരിക്കുന്നത് ഗംഭീരങ്ങളായിട്ടുള്ള വാക്കുകളാണ് നിന്നെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു നഷ്ടമായ ഈ ഒരു വർഷം കഴിയുന്ന വെള്ളയിൽ ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഓർക്കേണ്ടത് എന്നൊന്നും അറിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരായിട്ടുള്ള ഒരു ഷേക്സ്പിയറിന്റെ ഏതോ നാടകത്തില് ആരും ആരോടോ പറയുന്ന വരികളാണ് അവ എടുത്തു കൊണ്ടുപോയിട്ട് ചോദിച്ചു ഇതിനെന്താ വില അഫറിന് രൂപ കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള ഉണ്ടോ ഇനി ഇന്നത്തെ ചോദ്യം അതാണെന്ന് പറയാം ഈ ബുദ്ധിയെക്കുറിച്ചല്ല ഈ ബുദ്ധിയെ അല്ല വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് വ്യവസായാത്മിക ബുദ്ധിഹി എന്ന് പറഞ്ഞാൽ വ്യവസായോ യാം വ്യവസായാത്മിക എന്ന് പറഞ്ഞാൽ എന്താണ് പറയണം നിശ്ചയ രൂപമാർന്ന ബുദ്ധി വളരെ നിശ്ചയം എന്താണ് നിശ്ചയമുള്ളത് ഈശ്വരൻ തന്നെയാണ് പരമമായ പരമമായ ആശ്രയമെന്ന ഉറപ്പുറ്റ ബുദ്ധി അതിനെയാണ് വ്യവസായാത്മിക ബുദ്ധിഹി അത് ഭഗവാൻ പറയുന്നു ഇഹ ഏക ഇവിടെ അത് ഒന്നേ ഉള്ളൂ ബുദ്ധി ഒന്നേ ഉള്ളൂ എന്താണ് ഇതം സർവം ഈശാവാസ്യം ഇതിനെയാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് ആത്മാവാസ്യം ഇതം സർവം കുരുനന്ദന അല്ലയോ കുരുശ്രേഷ്ഠ അർജുന അവ്യവസായിനാം അവ്യവസായി എന്ന് പറഞ്ഞാൽ വ്യവസായം ചെയ്യാത്തവൻ എന്നല്ല നിശ്ചയമില്ലാത്തവർ അവ്യവസായി നിശ്ചയമില്ലാത്ത ബുദ്ധയ ബുദ്ധികൾ ബഹുശാഖാഹ അവർക്ക് പല പിരിവുകളുണ്ട് അവരുടെ വിചാരം പലതാണ് അവരങ്ങനെ പലതാണ് എന്ന് കരുതുന്നു അവരീ പരമമായ സത്യത്തെയൊക്കെ കുറിച്ച് പറയുമ്പം അവര് ഇതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും അത് അവര് അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഭഗവാ ഭഗവാൻ പറയുന്നു ബുദ്ധയ ബഹുശാകാ അനന്താഹവതി അത് പലതായി അനേകങ്ങളായി നിലകൊള്ളുന്നു ബുദ്ധി നമുക്കും ചിലപ്പോ അങ്ങനെ തോന്നും എന്താണ് ശരി അതാണോ ശരി ഇതാണോ ശരി എന്നാൽ കുറച്ച് അങ്ങോട്ട് പോവാം കുറച്ച് ഇങ്ങോട്ട് പോവാം നിശ്ചയം വന്നിട്ടുള്ളവന് പിന്നെ അധികമൊന്നും ഓടേണ്ട ആവശ്യമില്ല എന്ന് പറയാം ഏക ബുദ്ധി തുടർന്ന് ഭഗവാൻ അടുത്ത മൂന്ന് ശ്ലോകങ്ങളിലൂടെ വേദത്തിൻ്റെ പരിമിതിയെ അല്ലെങ്കിൽ വേദത്തെ ഉദ്ധരിച്ചുകൊണ്ട് വലിയ വലിയ വാക്യങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരെയൊക്കെ ഭഗവാൻ ഒന്ന് എന്താ പറയുക അർജുനൻ്റെ മുൻപിൽ അവതരിപ്പിക്കുക കാരണം നീയും ഒന്നാം അധ്യായത്തിൽ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രമാണങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ ഭഗവാനെ ഇത് ഈ ശുശ്രുമ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ ഞാൻ സമാധാനം തരാം ഭഗവാൻ പറയുന്നു അടുത്ത മൂന്ന് ശ്ലോകങ്ങൾ പുഷ്പിതേദി കാന സ്വർഗരാ जन्म कर्म फल प्रदान क्रिया विशेष बहुला भोगैश्वर्य गति प्रती भोग प्रसक्ता व्यवसायात्का बुद्धि सधौ न विधीय യാമാം പുഷം പ്രവദി അവിപശിത വേദമാദരഥാ ഹേ പാർത്ഥ നയത് അതി വാദി കാമാത്മാന कामात्मानः ജന്മകർമ്മ जन्मकर्म കിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതി പ്രതി ഭോഗൈശ്വര്യസക്തം തയ അപഹതചേതസം വ്യവസായത്മക ബുദ്ധി സമാധ ന വിധീയ ഹേ പാർ അലയോ അർജുന േദവാദരതാഹ വേദത്തിൻ്റെ അർത്ഥവാദത്തിൽ തത്പരരായിട്ടുള്ളവർ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക വേദം എന്ന ശബ്ദത്തിന് വിത് ധാതുവിന് ജ്ഞാനം അറിവ് എന്നാണ് ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ അതിനെയാണ് വേദം എന്ന് പറയുന്നത് അറിവിൻ്റെ അവസാനം അതിനെ തന്നെയാണ് വേദാന്തം എന്ന് പറയുന്നത് വേദാന്തം വേദാനാം അന്ത ഇതി വേദാന്തം വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് എന്താണ് അതിൻ്റെ താ താത്പര്യം ബ്രഹ്മസത്യം ജഗത് നിത്യ ജീവോ ബ്രഹ്മ ഇവ നാ പരാ പ്രവക്ഷ്യാമി ഞാൻ പകുതി ശ്ലോകം കൊണ്ട് കാര്യം പറയാം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു എന്താണ് പകുതി ശ്ലോകം ബ്രഹ്മസത്യം ജഗൻ മിത്യ ജീവോ ബ്രഹ്മൈവ നാപര ബ്രഹ്മമാണ് സത്യം ജഗത്ത് മിഥ്യയാണ് ജീവൻ ഇന്ന് അന്യമല്ല ബ്രഹ്മം ബ്രഹ്മവും ജീവനും രണ്ടല്ല ഈ സത്യത്തെ വെളിപ്പെടുത്തി തരുന്ന അറിവിൻ്റെ ശേഖരങ്ങളാണ് വേദം അതനുഭവിച്ച ഋഷീശ്വരന്മാരുടെ അനുഭവങ്ങളാണ് വേദം അതുകൊണ്ട് അതിന് ദർശനം എന്ന് പറയും ആ വേദത്തിൽ ചർച്ച ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആ വേദത്തിലെ എല്ലാറ്റിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ എന്തൊക്കെ ഒരാൾക്കറിയണമോ അതെല്ലാം അതിലെ വിഷയമാണ് അതിൽ വാസ്തുശാസ്ത്രമുണ്ട് അതിൽ ആയുർവേദമുണ്ട് അതിൽ നക്ഷത്ര വിദ്യകളുണ്ട് അതില് എന്തിന് എല്ലാം എല്ലാം ഉണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും ഒരുവനെ എങ്ങനെ ഒരു തെളിവുമില്ലാതെ കൊല്ലണം അതും ഉണ്ട് ഒരാൾക്കും പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു തനെ കൊല്ലണമെങ്കിൽ അതും അതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ വലിയ നിർണയം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ താല്പര്യം മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉപനിഷത്തിലാണ് അപ്പോൾ വേദത്തിന് പല പിരിവുകളുണ്ട് ഈ വേദത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് പൂർവികന്മാർ അതിനായിട്ട് വേദത്തെ നാലായി പിരിച്ചു നമ്മുടെ ആശ്രമത്തെയും നാലായി പിരിച്ചു വേദത്തിൻ്റെ നാല് പിരിവുകൾ സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് വേദം എന്ന് പറഞ്ഞാൽ അപൗരുഷേയം ആരാലും രചിക്കപ്പെടാത്തത് ദർശനമാണ് തത്വവും വ്യക്തിയും ഒന്നായ സമയത്ത് അവരിൽ നിന്നുണ്ടായിട്ടുള്ള ദർശനങ്ങളെയാണ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണെന്ന് ശരി ഇതിൻ്റെ ആദ്യ ഭാഗം മന്ത്രം അഥവാ സംഹിത എന്ന് പറഞ്ഞു രണ്ടാം ഭാഗം ആരണ്യകം മൂന്നാം ഭാഗം ഒന്നാം ഭാഗം മന്ത്രം അഥവാ സംഹിത രണ്ടാം ഭാഗത്തെ ബ്രാഹ്മണം മൂന്നാം ഭാഗത്തെ ആരണ്യകം നാലാം ഭാഗത്തെ ഉപനിഷത്ത് ഇങ്ങനെ നാല് പിരിവുകൾ ആദ്യത്തെ രണ്ട് ഭാഗത്തെ ചേർത്തിട്ട് കർമ്മകാണ്ഡം എന്ന് പറയുന്നു അവസാനത്തെ രണ്ട് ഭാഗത്തെ ചേർത്തിട്ട് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നു ഇതിനെയാണ് നേരത്തെ പറഞ്ഞ ഉത്തരമീമാംസയും പൂർവമീമാംസയും അതാണ് ജൈമിനിയും വ്യാസനും വ്യാഖ്യാനിച്ചത് അതിൻ്റെ പേരാണ് ധർമ്മസൂത്രവും ബ്രഹ്മസൂത്രവും ആദ്യ ഭാഗത്തെ കർമ്മകാണ്ടം രണ്ടാം ഭാഗത്തെ ജ്ഞാനകാണ്ടം എന്നും പറയും നാല് ആശ്രമങ്ങൾ വിധിച്ചത് ബ്രഹ്മചര്യം ഗാർഹസ്ത്യം വാനപ്രസം സന്യാസം അപ്പോൾ പന്ത്രണ്ട് വർഷം ഗുരുകുലവാസം ചെയ്യുമ്പം വേദം മുഴുവൻ അധ്യയനം ചെയ്യും വേദം പഠിക്കും ആ വേദ പഠന എല്ലാം പഠിക്കും പ്രപഞ്ചത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും ഈ വിശ്വത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അവൻ ബ്രഹ്മചര്യത്തെ പരിസമാപിപ്പിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കണം അപ്പം ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ബ്രാഹ്മണത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ബ്രാഹ്മണത്തിൽ എങ്ങനെ യശസ്വിയാവാം എങ്ങനെ അധികാരം നേടണം ആ അധികാരത്തെ നിലനിർത്തേണ്ടതെങ്ങനെ എങ്ങനെ കീർത്തിമാനാകാം എങ്ങനെ സുഖിമാനാകാം അപ്പൊ പ്രവൃത്തി മാർഗത്തെ പറയും ആ പ്രവൃത്തിയിൽ നിന്ന് നിവർത്തിക്കേണ്ടത് എങ്ങനെയാണ് അതാണ് ആരണ്യകം ആരണ്യകം എന്ന് പറഞ്ഞാൽ കാടും മൂന്നാമത്തെ ആശ്രമം അപ്പൊ ബ്രഹ്മചര്യം ഗാർഹസ്ത്യം വാനപ്രസ്ഥം വാനപ്രസ്ഥയ്ക്ക് ഉള്ളതാണ് വാനപ്രസ്ഥനുള്ളതാണ് ആ ആശ്രമം നാലാമത്തേത് സന്യാസം നമ്മുടെ പരമമായ എന്താ എത്തിച്ചേരൽ ഒരു മനുഷ്യൻ്റെ പൂർത്തീകരണം നടക്കുന്നത് സന്യാസത്തിലാണ് നാം ആ അതിലേക്ക് കടന്നു ചെല്ലണം നമ്മുടെ പ്രമോഷൻ ഈ ഇതിൽ നിന്നൊക്കെ പ്രമോഷൻ കിട്ടിയിട്ട് അതിൽ നിന്ന് വേണം റിട്ടയർ ആവാൻ സന്യാസത്തിൽ നിന്ന് അങ്ങനെ ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീഭവേത് ഗൃഹീഭൂത്വാ വനീഭവേത് വനീഭൂത്വാ പ്രവ്രജേത് പരിവ്രാജനം ഇതാണ് സന്യാസം അപ്പൊ വേദത്തിൻ്റെ നാല് പിരിവുകൾ നാമുമായിട്ട് ബന്ധിപ്പിച്ചു അപ്പൊ നമ്മൾ ഇതിനനുസരിച്ചാ പോകുന്നതെന്നുണ്ടെങ്കിലോ ഒരു കുഴപ്പവും ഇല്ല ജ്ഞാനേശ്വരി മഹാരാജാവിന്റെ പിതാവ് കുട്ടികൾക്ക് തന്നെ പേരിട്ടത് രണ്ടുപേർക്ക് പ്രവൃത്തിനാഥൻ എന്നും നിവർത്തിനാഥൻ എന്നുമാണ് നല്ല രസമാണ് നമുക്കറിയില്ലേ ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ് നിവർത്തിക്കേണ്ടത് എപ്പോഴാണ് അപ്പൊ ഒരു പ്രായം കഴിഞ്ഞാൽ പലതിൽ നിന്നും നാം നിവർത്തിക്കേണ്ടവരാണ് പക്ഷേ നമ്മൾ നിവർത്തിക്കുന്നില്ല ഈ കല നമുക്കറിയില്ല എത്ര കാലം പ്രവൃത്തി ചെയ്യാം എത്ര കാലം നിവൃത്തി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതാബോധമില്ലാതെ മാറി നിന്ന് അനുഗ്രഹിക്കലാണ് അപ്പം അതൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അപ്പം ആ വേദത്തെ ഒരു കാലത്ത് വ്യാസൻ എന്ന കൃഷ്ണദ്വൈപായനൻ എന്ന ഋഷി പരാശര മഹർഷിയിൽ സത്യവതിയിൽ ജനിച്ച ഈ ഇതിഹാസത്തിന് രൂപം കൊടുത്ത വ്യാസമഹർഷി അതിനെ വ്യസിച്ചു പകുത്തു അതിനൊരു ഓർഡർ അതുകൊണ്ട് അദ്ദേഹത്തിന് വേദവ്യാസം എന്ന് പേര് വന്നു അല്ലാണ്ട് വ്യാസരുവേദം രചിക്കുന്നില്ല അങ്ങനെ വ്യാസരാണ് അതിന് ഋക്വേദമെന്നും യജുർവേദമെന്നും സാമവേദമെന്നും അധർവവേദമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ വേദത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേദവാദരഥന്മാരായിട്ടുള്ളവർ എന്ന് പറയുമ്പം വേദത്തിൽ പറഞ്ഞിട്ടുള്ള ചില ബാഹ്യമായ നേടലിൻ്റെയും നേട്ടത്തിൻ്റെയും കോട്ടത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളിൽ വ്യാപൃതരായി നിൽക്കുന്നവർ അതാണ് വേദം ഉപനിഷത്തിന് ഉപനിഷത്തിലേക്ക് അവരുടെ ശ്രദ്ധ പോയിട്ടില്ല അവർ ഈ ഒന്നാമത്തെ ഇതിലിങ്ങനെ നിന്ന് കളിക്കുക അധികാരത്തിൻ്റെയും യശസ്സിൻ്റെയും ഒക്കെ അതുകൊണ്ട് അവർ പറയുന്നു അന്യത് ന അസ്ഥി വേറെ ഒന്നുമില്ല അന്യത് എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തി തന്നെ ഘടോപനിഷത്തിൽ നജികേതസിന് യമധർമ്മൻ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഉപനിഷത്തിൽ നല്ല കാലത്തിന് അത് എഴുതിയിട്ടില്ല എങ്ങനെയാണ് സ്വർഗം ഉണ്ടാക്ക കിട്ടേണ്ടത് എന്നുള്ളത് ഇഷ്ടിക നിരത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇഷ്ടിക ഒക്കെ തിരിച്ച് എങ്ങനെയാണ് നിരത്തേണ്ടത് എന്ന് യമൻ ചോദിക്കുന്ന സമയത്ത് തിരിച്ചുത്തരം പറഞ്ഞു കൊടുക്കും ഇങ്ങനെ എങ്ങനെയൊക്കെയാണെന്ന് അത്രയുള്ളൂ ഉപനിഷത്തിൽ അതുകൊണ്ട് ഇത്ര ഇഷ്ടിക്കാൻ നിരത്തി ഇന്ന വിധത്തിൽ ഇന്ന ഹോമം ചെയ്താൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോവും എന്ന് ഋഷിക്ക് വണ്ടേ അറിയാം അതുകൊണ്ട് അവൻ ആ വിദ്യ പഠിച്ചു എന്ന് പറയുന്നു അപ്പൊ അവർ പറയുന്നു അന്യത് എന്ന അസ്ഥി ഇത് വേറെയൊന്നും ഇല്ല എന്ന് പറയുന്നു വാദിനഹ അവരെന്താണ് വാദിക്കുന്നവരും കാമാത്മാനഹ ആശ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ടുള്ള കാമനകളുടെ ഭാണ്ഡങ്ങളാണ് അവർന്ന് പറയാം ആഗ്രഹങ്ങളാണ് സ്വർഗപരാഹ സ്വർഗത്തെ പരമായി കാണുന്നു സ്വർഗമാണ് അവരുടെ ലക്ഷ്യം സ്വർഗപരാഹ ആരാണ് അത്ര അവർ അവിഭശ്ചിത മൂടബുദ്ധികൾ അവി അവിഭശ്ചിതന്മാരായിട്ടുള്ള ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യത്തിൻ്റെ അതിനെ പ്രാപി ആഗ്രഹിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്താ ഈ സ്വർഗം നമ്മുടെ സങ്കല്പത്തിലെ സ്വർഗം നാം ആഗ്രഹിക്കുന്ന സ്വർഗം സ്വാമി പറഞ്ഞു തരാം പണിയൊന്നും എടുക്കണ്ട പിന്നെയോ എല്ലാറ്റിനും ആളുണ്ട് കുളിപ്പിച്ച് തരാനും തോർത്തി തരാനും പല്ല് തേപ്പിക്കാനും ഭക്ഷണം കൊണ്ടുതരാനും എല്ലാം ഒന്നും ചെയ്യണ്ട ഒരു പണിയും ചെയ്യണ്ട ചായ വേണോ കാപ്പി വേണോ ചായയ്ക്ക് കടുപ്പം കൂട്ടണോ കുറയ്ക്കണോ എത്ര കുളിക്കാൻ ചൂടുവെള്ളം വേണോ അധികം ചൂട് വേണോ കുറവ് വേണോ എല്ല ഒന്നിനും നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു കുറവുണ്ടാവില്ല നിങ്ങളൊന്നും ചെയ്യണ്ട ഒരിക്കലും ഒരാൾ സ്വർഗത്ത് പോയി നോക്കുമ്പം അദ്ദേഹം ഇവിടെ വളരെ ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് നടന്ന ആളാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല അദ്ദേഹം ചെന്നുടനെ വിചാരിച്ചൊരു നല്ല ചായ കിട്ടിയിരുന്നെങ്കിൽ ഒട്ടനെ വന്നു ചായ അദ്ദേഹം സങ്കൽപ്പിച്ച പോലത്തെ ചായ ഒരു ബിസ്ക്കറ്റും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കലും ബിസ്കറ്റ് എത്തി പിന്നെ കിടന്നു ഉറങ്ങി ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സങ്കല്പിക്കുമ്പോഴേക്കും ആളുകൾ വരുന്നു എല്ലാം ചെയ്യാൻ അദ്ദേഹം ചോദിച്ചത് എന്ത് ഇതെന്ത് സ്വർഗം ഇത് അപ്പൊ പറഞ്ഞു ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോ ഇത് നരകമാണെന്ന് സ്വർഗമല്ല അതിലൊരു തമാശയുണ്ട് അതായത് നാം ആഗ്രഹിക്കുന്നു എല്ലാം നമുക്ക് ഓരോരുത്തർ ചെയ്തു തരണം എല്ലാം ആരെങ്കിലും ചെയ്തു തരണം രാവിലെ നമ്മളെ എഴുന്നേൽപ്പിച്ച് അങ്ങോട്ട് ഏതെങ്കിലും ഇനിയിപ്പോൾ ഒരു മെഷീൻ ഉണ്ട് എന്നിരിക്കട്ടെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പല്ല് തേച്ച് കുളിച്ച് തുർത്തിങ്ങോട്ട് നമ്മൾ മേടിക്കും അത് അതിൻ്റെ ഉള്ളിലും കൂടെ അങ്ങോട്ട് പോന്നാൽ മതി എല്ലാം ചെയ്തു തരും അവർ അങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഈ റൊബോട്ടുകൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു റൊബോട്ടുകൾ മാർക്കറ്റിൽ പോവാൻ കൂടെ വരുന്നു എല്ലാം ചെയ്തു തരുന്നു റൊബോട്ടിനെ വികസിപ്പിച്ചെടുത്ത് പല്ലൊക്കെ തേപ്പിച്ചു തരുന്നു ചിലപ്പം പല്ല് ഉണ്ടാവില്ലേ അവസാനം അതെ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നു എന്താഗ്രഹിക്കുന്നു എനിക്കെല്ലാം ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം ഓ എന്റെ സ്വാമി ഈ അടുക്കള തന്നെ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ ഞങ്ങളുടെ സുർക്ക പക്ഷെ എന്താണെന്നറിയോ സ്വാമിക്ക് അറിയോ ഞങ്ങളുടെ കഷ്ടപ്പാട് അറിയാം സ്വാമിക്ക് നന്നായിട്ട് അറിയാം സത്യം പറയട്ടെ അത് രാവിലെ ആ അടുക്കളയിൽ കയറി ഉള്ളവർക്ക് മുഴുവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്നാൽ രണ്ടല്ലോ പല്ലു കടിച്ചിട്ടാ പറയാ കഴിച്ച പാത്രം ഒന്ന് കഴുകി വെക്കുക അതുപോലും ചെയ്യാതെ അവിടെ ഇട്ടുണ്ടോ അതുകൊണ്ട് പോവും നേരല്ലാത്ത നേരത്തെ അതെല്ലാം കൂടെ എടുത്ത് ഒന്ന് വാഷ് ബേസിൽ വെച്ചാൽ മതിയായിരുന്നു അതുപോലും ചെയ്യില്ല ഞാൻ മറന്നുപോയാൽ അത് ആ മേ ഡൈനിങ് ടേബിളിൽ അങ്ങനെ കിടക്കും ഓഫീസിൽ നിന്ന് വിട്ട് വരുന്നത് വരെ അതൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിട്ട് പിന്നെ അത് കഴുകിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്നറിയാം ഇങ്ങനെ വെച്ച സാധനങ്ങൾ കഴിച്ച സാധനങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്യാസ് ഉണ്ടാവില്ലാത്ത ഇത് ഇങ്ങനെ ആ ഞങ്ങളുടെ ആ അടുക്കളന്നുള്ള ലോകം ഓ ഒരു ദിവസം അതിൽ നിന്ന് ഇന്ന് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകുക അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ ഒരു ഒരു എന്തോ ഒരു സന്തോഷമാണ് ഇന്ന് പുറത്താണ് എല്ലാവർക്കും ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കാരണം ഇത് കഴുകണ്ടല്ലോ പിന്നെ സ്വാമി അലക്കലോ അയ്യോ ഇത് മുഴുവൻ അലക്കി ഇതൊക്കെ ഉണക്കി ഉണ്ടാക്കാൻ മഴക്കാലത്ത് ഞങ്ങൾ വിടുന്ന പാടറിയോ എന്നാ ദിവസം രണ്ടു നേരം മാറ്റണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നിന്നുള്ള ഒരു രക്ഷയാണ് നമ്മെ സംബന്ധിക്കുന്ന സ്വർഗം അല്ലാതെ ഇപ്പൊ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ എന്താ കേട്ടിട്ടുള്ളത് പിന്നെ അല്ലറ ചില്ലറ മറ്റ് കാര്യങ്ങളൊക്കെ അത് ഇരിക്കട്ടെ ആലോചിക്കുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഈ സ്വർഗത്തെ നമ്മളിവിടെ സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും നിങ്ങളുടെ കൂടെ ഒരാൾ വന്നാൽ നിങ്ങൾക്കതൊരു ബോറായിരിക്കില്ലേ അങ്ങേറ്റം ബോറായിരിക്കുന്നത് പറയാം അരോചകം സൃഷ്ടിക്കുന്ന കാരണം എല്ലാം ചെയ്തു തരാൻ ഒരാളുണ്ടായിരിക്കേണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചലനശേഷി മുഴുവൻ നഷ്ടപ്പെട്ട് തളർവാദം പിടിച്ച് കിടക്കുന്ന സമയം എന്താ ആരോഗ്യത്തോടുകൂടിയിരിക്കെ തളർവാദം പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നാം സ്വപ്നം കാണലാണ് സ്വർഗം അല്ലാതെ വേറെന്താ ഈ കരചരണങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാ എഴുന്നേറ്റ് നടന്ന് എല്ലാം എടുത്ത് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ അപ്പൊ എത്ര നമ്മൾ വിയർക്കുന്നുവോ എത്രത്തോളം ഇതൊക്കെ ചെയ്യുന്നുവോ ഈ ചെയ്യുന്നതിനൊക്കെ നമുക്കൊരു ഒരു ചിട്ട വേണം ഒരടുക്കുണ്ടായിരിക്കണം പിന്നെ വീട്ടിലൊക്കെയാണെങ്കിൽ അതിൽ സഹകരിക്കാൻ തയ്യാറാവണം കുട്ടികൾ ഉൾപ്പെടെ ഭർത്താക്കന്മാരും എല്ലാവരും ഈ ആണുങ്ങൾക്കൊക്കെ ഒരു ചിന്തയുണ്ട് ഒരു ചായ എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്ന് അല്ലെങ്കിൽ ഭാര്യ അടുക്കളയിൽ ഒരു നാളികാരം ചെലവി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ കലക്ടറായിട്ടുള്ള ആ ഇരിക്കുന്നതെല്ലാം ഇടിഞ്ഞു വീഴും ഒന്നുമില്ല രാവിലെ നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് പച്ചക്കറി നുറുക്കിയ വളരെ നല്ലത് ഒരാള് പത്രം വായിച്ചാൽ മതി മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഇത് മൂബര് ഇരിക്കുക പത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ നോക്കും കഴിഞ്ഞിട്ടുണ്ടോ വായന എന്നല്ലേ ആകെ ചെയ്യുന്നതാ രാവിലെ തന്നെ വന്ന ആ കസേര മുൻപിലാകൊണ്ടിരുന്ന് പത്രം നോക്കി പിന്നെ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് എന്നാൽ ഞാനും കൂടെ ഉണ്ടോ എന്നെയും കൂടെ അവിടെ വിടുക നീ ബസ്സിന് വന്നാൽ മതി ആള് വിളി അപ്പൊ ഇങ്ങനെയുള്ളടത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം നമുക്ക് സ്വർഗത്തെ സൃഷ്ടിക്കാം സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ധാരണയോടുകൂടിയുള്ള ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു ജീവിതം ഈ സ്വർഗത്തെ നമ്മൾ ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും നിങ്ങളുടെ കൂടെ ഒരാൾ വന്നാൽ നിങ്ങൾക്കതൊരു ബോറായിരിക്കില്ലേ അങ്ങേറ്റം ബോറായിരിക്കുന്നു പറയുക അരോചകം സൃഷ്ടിക്കുന്ന കാരണം എല്ലാം ചെയ്തു തരാൻ ഒരാളുണ്ടായിരിക്കേണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചലനശേഷി മുഴുവൻ നഷ്ടപ്പെട്ട് തളർവാദം പിടിച്ചു കിടക്കുന്ന സമയം എന്താ ആരോഗ്യത്തോടുകൂടിയിരിക്കെ തളർവാദം പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നാം സ്വപ്നം കാണലാണ് സ്വർഗം അല്ലാതെ വേറെന്താ ഈ കരചരണങ്ങൾ സൃഷ്ടിച്ചത് എന്തിനാ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 അല്ലെങ്കിൽ ഭാര്യ അടുക്കളയിൽ ഒരു നാളികേരം ചെലവി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ കലക്ടറായിട്ടുള്ള ആ ഇരിക്കുന്നതെല്ലാം ഇടിഞ്ഞു വീഴും ഒന്നുമില്ല രാവിലെ നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് പച്ചക്കറി നുറുക്കിയാൽ വളരെ നല്ലത് ഒരാൾ പത്രം വായിച്ചാൽ മതി മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഇത് മൂപ്പര് ഇരിക്കുക പത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ നോക്കും കഴിഞ്ഞിട്ടുണ്ടോ വായന ആകെ ചെയ്യുന്നത് അതാ രാവിലെ തന്നെ വന്ന ആ കസേര മുൻപിലാകൊണ്ടിരുന്ന് പത്രം നോക്കി പിന്നെ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞു ഞാനും കൂടെ ഉണ്ട് എന്നെയും കൂടെ അവിടെ വിടുക നീ ബസ്സിന് വന്നാൽ മതി അപ്പൊ അടുത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം നമുക്ക് സ്വർഗത്തെ സൃഷ്ടിക്കാം സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ധാരണയോടുകൂടിയുള്ള ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ കൂട്ടായിട്ട് നമ്മൾ പലതും എന്താ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അതിലൊന്ന് ഈ പുരുഷൻ്റേത് സ്ത്രീയുടേത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ മിഥ്യാധാരണകളാണ് പലരും പറഞ്ഞു തന്നിട്ടുണ്ട് ഓഫീസിലൊക്കെ വെച്ചിട്ടാണ് ഈ ചർച്ച എടോ നീ നീയൊരു വഷളനാട്ടോ നീ ഇങ്ങനത്തെ നീ ആണുങ്ങൾക്കേ പേരുദോഷം ഉണ്ടാക്കുന്നവന് അതുകൊണ്ട് നീ മേലിൽ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യരുത് അതുകൊണ്ട് പലർക്കും പറയാൻ പേടിയ ചിലർക്ക് ചെയ്തിട്ടില്ലെങ്കിലൊന്നും കിട്ടില്ല അതുകൊണ്ട് ഭയം കൊണ്ട് ചെയ്യും അതെ അവരാ വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് അവർ നേരെ മറിച്ചിട്ടുണ്ട് ചിലർ സ്ത്രീകൾ എഴുന്നേൽക്കുന്നത് എട്ടെട്ടരയ്ക്ക് പാവം ഇദ്ദേഹം രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തുടങ്ങും എല്ലാം ചെയ്യാൻ അവിടെയൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ പരസ്പര ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ അന്തരീക്ഷം ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന സമയത്താണ് ഇതിൽ നിന്നുള്ളൊരു വിടുതലായി സ്വർഗം നമ്മുടെ മനസ്സിൽ കടന്നു കൂടുന്നത് കാരണം ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു പോരുന്ന ഓ ഈ ഒരു ദുരിതത്തിൽ നിന്ന് ഭഗവാനെ കുറച്ചു കാലമെങ്കിലും ഇതൊന്നും ചെയ്യാതെ ഈ അടുക്കളയിൽ പണിയെടുക്കാതെ ഇതൊന്നുമില്ലാതെ എനിക്കിങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ വേണ്ടതൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗം തരക്കേടില്ല അതുകൊണ്ട് സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് ആളുകൾ നടക്കുന്നുണ്ട് ഒരു തൊള്ളായിരം പേര് സ്വർഗത്തിലേക്ക് പോവും അവരെണ്ണൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ കാണുമ്പോ തൊള്ളായിരത്തി ഒന്ന് നിങ്ങൾ അതിൻ്റെ ആളാൻ തോന്നുന്നുണ്ട് അതിലൊന്നും നിങ്ങൾ ഭഗവാൻ ഇവിടെ പറയുന്നു അതിൽ വിഴയരുത് എന്നാണ് അവരൊക്കെ അവിഭശ്ചിത മന്ദബുദ്ധികളാണ് മൂടബുദ്ധികളാണ് ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രാപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് ക്രിയാവിശേഷ ബഹുലാം അനേക കർമ്മങ്ങളെ എങ്ങനെയുള്ള കർമ്മങ്ങൾ കർമ്മ ഭേദ വേദങ്ങളോടുകൂടിയിട്ടുള്ള കർമ്മങ്ങളും ജന്മകർമ്മ ഫലപ്രദം ജന്മകർമ്മത്തെ കൊടുക്കുന്നതും ഈ കർമ്മങ്ങളെല്ലാം വീണ്ടും വീണ്ടും ജന്മത്തിന് ജന്മം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ ലോകത്തിലേക്ക് ദുരിതങ്ങളുടെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഇന്നും ഈ ലോ ഈ ഈ നൂറ്റാണ്ടിൽ പോലും സ്വർഗം കിട്ടും പറഞ്ഞിട്ട് കുട്ടിയെ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് കൽക്കട്ടയിലൊക്കെ നമുക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന രണ്ടാട് ഒന്ന് കൽക്കട്ടയും ഒന്ന് കേരളവും ഏറ്റവും വലിയ വൈരുദ്ധ്യം അവിടെയാണ് കമ്മ്യൂണിസവും ഉള്ളത് എങ്ങനെ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ള വലിയൊരു അത്ഭുതമാണ് ഇതിൻ്റെ ഒക്കെ അത്യുദാത്തമായ ചിന്തകളാണ് കമ്മ്യൂണിസത്തിൽ ഉള്ളത് പക്ഷേ രണ്ടിൻ്റെയും നാടവിടെയാണ് ഒന്നവിടെയും ഒന്നിവിടെയും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നത് പല കുട്ടിച്ചാത്തനും അവരിവരൊക്കെ ജീവിക്കുന്നത് ഇവിടെയാണ് വേറെ എവിടെ അത്ര കാണില്ല അങ്ങനെ പല ക്രിയകളും അതിനുവേണ്ടി അനേക അനേക ക്രിയകൾ കേട്ടിട്ടുണ്ട് ഒരു രാജാവ് ഒരിക്കൽ മരിക്കാൻ എന്താ പറയുക അദ്ദേഹം മന്ത്രി മന്ത്രി ലോകത്തിലെ ഏറ്റവും വിഡ്ഡിയുടെ കാര്യം അന്വേഷിക്കാൻ വിടുന്നതാണത്ര ആരാണ് രാജ്യത്ത് വിഡ്ഡി എന്ന് അപ്പൊ മന്ത്രി ശരി എന്നാ പോയി അന്വേഷിക്കാം ഒരു അന്വേഷണ കമ്മീഷന് വെച്ചു അതിന്റെ ചുമതല മന്ത്രിക്ക് മന്ത്രിക്ക് കൊടുത്തു ഇപ്പൊ രാജാവ് പറഞ്ഞു രാജമുദ്രയുള്ളൊരു ഒരു വടി മന്ത്രി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഏറ്റവും വിഡ്ഡിക്ക് ഇത് കൊടുക്കുക പിന്നെ അവന് ഭടന്മാർ കൊണ്ടുവന്നോളും അവന് ഉപഹാരമായിട്ട് അന്ന് എല്ലാവർക്കും ഉണ്ട് ഉപഹാരം ബുദ്ധിമാനും ഉപഹാരം വിഡ്ഡിക്കും ഉപഹാരം ഈ മന്ത്രി പോയി എന്നാണ് പോയിപ്പോയി രാജ്യത്തെ മുഴുവൻ അന്വേഷിച്ചു ഒരാൾ ഇദ്ദേഹത്തിന് തികഞ്ഞ വിഡ്ഡിയായിട്ട് കിട്ടിയില്ല വർഷങ്ങളെടുത്തു നിന്ന ഗവേഷണം അവസാനോത്സവം രാജ്യത്ത് തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ രാജാവ് വയോവൃദ്ധനായി രോഗം ബാധിച്ചു മരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക രാജ്യത്തിന് ഒരൊറ്റയാളെ പരീക്ഷിക്കാനുള്ളൂ ഈ രാജാവിനെ മന്ത്രി ഏതായാലും അതും കൂടി ആവാം എന്ന് കരുതി മന്ത്രി ചു വിളിച്ചു മഹാരാജൻ ഓ പരിചയമുള്ളൊരു ശബ്ദം ആരാണ് ഞാൻ ആ പറയൂ അപ്പൊ മറന്നുപോയിട്ടുണ്ട് സംഗതികളൊക്കെ അതെ അങ് ഇതാ വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ രാജ്യത്ത് അങ്ങയുടെ എന്താ ശരീരം വിടാൻ സമയമായി എന്ന് കൊട്ടാരം വൈദ്യന്മാരൊക്കെ പറയുന്നു അതെ എനിക്ക് എന്തൊക്കെയോ വന്നു എനിക്ക് പ്രായമായി അതെ അങ്ങനെ തോന്നണം പക്ഷേ എനിക്കൊരു ശങ്ക അങ്ങ് എന്തായാലും സ്വർഗത്തിലേക്കാ പോവുക അവിടെ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങ് അവിടെ എത്തുമ്പോഴേക്കും അവിടെ അങ്ങേ സ്വീകരിക്കാനോ അവിടെ കൊട്ടാരോ വല്ലതും പണിതിട്ടുണ്ടോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇല്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ അതിനു വേണ്ട കർമ്മങ്ങളൊക്കെ ഉടനെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഈ വടികൊടുത്തിട്ട് ദാ മഹാരാജൻ പിടിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ മൂഢതയെ സൂചിപ്പിക്കുന്ന ഒരു ജൻകഥയാണ് ഭഗവാൻ ഇവിടെ പറയുന്നു എന്താണ് ക്രിയാവിശേഷ ബഹുലാം ജന്മക ജന്മകർമ്മ ഫലപ്രദാം അവിഭശ്ചിതാ ഭോഗൈശ്വര്യഗതി പ്രതി അവരെന്ത് സംസാരിക്കുന്നു എന്ത് ഭംഗിയായിട്ടാണ് പറയുന്നതെന്നറിയോ യാം യാതൊരുവരുടെ ഇമാം പുഷ്പിതാം വാചം നല്ല ഫ്ലവർ വേഡ്സ് പൂത്തുലഞ്ഞ വാക്കുകൾ അവരങ്ങനെ പറയും കേട്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക അത്ഭുതപ്പെട്ടു ഭഗവാൻ തന്നെ പറയുന്നു ഇയാ ഇമാം പുഷ്പിതാം വാചം എന്ന് അതായത് അതിൽ പൂവേയുള്ളൂ കായയില്ല കായയെ തരാൻ പറ്റില്ല ഫലം തരാൻ പറ്റാത്ത കേവലം ഗന്ധം മാത്രം പ്രദാനം ചെയ്യുന്ന വാക്കുകൾ കേൾക്കാൻ നല്ല രസമുണ്ടാവും അതിൽ നമ്മൾ വീണു പോവും ചാർവാകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മധുരമായ ഭാഷണം ചാർവാകം അവൈതികമായിട്ടുള്ള ദർശനമാണ് ബൗദ്ധവും ചാർവാകവും മറ്റും ചാർവാകം അങ്ങനെയുള്ള മധുരമായ ഭാഷണങ്ങളുണ്ട് അവരെന്താ പറയണത് എന്നറിയോ യാവത് ജീവേത് സുഖം ജീവേ വാവാ വാവാ എന്താണ് എത്ര കാലം ജീവനുണ്ടോ അത്ര കാലം സുഖമായിട്ട് ജീവിക്കുക അതെങ്ങനെയാ പറ്റുക ഋണം കൃത്വ ഘൃതം തിവേ കടം മേടിക്കുക നെയ് കുടിക്കുക അപ്പൊ അത് തിരിച്ചു കൊടുക്കണ്ടേ വേണ്ട ഭസ്മീഭൂതേ പുനരാഗമനം കുത അസ്യ ദേഹസ്യ ഭസ്മീഭൂതസ്യ ഈ ദേഹമെടോ ഭസ്മമാവും പിന്നെ ഇതെങ്ങനെ പുനരാഗമനം കൂത ഇതെങ്ങനെ തിരിച്ചു വരും ഇത് വളരെ ഒരു അപകടകരമായിട്ടുള്ള ഒരു ചി എന്താ പറയുക ഒരു എന്താ കാഴ്ചപ്പാടാണ് ഇത് നമ്മളെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുണ്ട് വിശിഷ്യ കേരളീയരെ ഋണം കൃത്വ ഘൃതം പിതേ നമ്മുടെ ഒറ്റ പരിപാടി ഇപ്പൊ ഇതാണ് കടം മേടിക്കുക നെയ് കുടിക്കുക നെയ് കുടിക്കുക എന്ന് പറഞ്ഞ ഭൂത്തിലെ പശുവിന്റെ നെയ്യല്ല അത് കുടിച്ചാൽ പിന്നെയും നന്നാവുമായിരുന്നു എന്നാ അതും കുടിക്കില്ല കുടിക്കുന്നത് വേറെ ഒരു ഒന്നാണ് കടം മേടിച്ച് ഭോഗങ്ങൾ അനുഭവിക്കുക എല്ലാറ്റിനും കടമാണ് ലോൺ മേള ലോൺ യജ്ഞം പണ്ടൊക്കെ ഒരു ലോണ് കിട്ടാനുള്ള പാട് ഓ ഇന്ന് റെഡി ക്യാഷിന് എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ ചോദിക്കുക സാറേ ലോണുണ്ട് അതെടുത്തുകൂടെ എന്തിനാണ് ഈ റെഡി ക്യാഷ് കൊടുക്കുന്നത് ഇത് എഫ് ഡി ആക്കി മാറ്റൂ ഞാൻ ലോൺ തരാം ബാങ്ക് മാനേജർ ഇവിടെ ഇരിക്കുന്നുണ്ട് പലരും എന്തിനും ലോണാണ് ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളെ കൊണ്ടൊക്കെ കൂടിയാ കൂടുമോ ആര് പറഞ്ഞു എഡ്യൂക്കേഷൻ ലോണിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഒപ്പിടണം ഞങ്ങൾ തരുന്ന കടലാസു നിങ്ങൾക്ക് വീടുണ്ടോ സ്വന്തമായിട്ട് ആ അച്ഛൻ്റെ താവഴിയായിട്ട് കിട്ടിയ ഇതുണ്ട് അതിന് ആധാരമില്ലേ ഉണ്ട് അത് എന്നെ ഏൽപ്പിച്ചാൽ മതി പിന്നെ ഞങ്ങൾ തരാം നിങ്ങളുടെ കുട്ടിക്ക് ലോൺ തരാം ഈ കുട്ടി ലോ ലോണെടുത്ത് പഠിച്ച് ഇങ്ങനെ ഇപ്പം കുഴപ്പത്തിലൊക്കെയുള്ള പല പല നിങ്ങൾക്കറിയാലോ ലോൺ മേടിച്ചാൽ എന്തൊക്കെയാ സംഭവിക്കുക അപ്പൊ ഋണം കൃത്വ ഘൃതം വിവ കടം മേടിക്കുക നെയ് കുടിക്കുക ഭോഗങ്ങൾ ഇങ്ങനെ അനുഭവിക്കുക വസ്തുവകകൾ മേടിച്ചുകൊണ്ടിരിക്കുക ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് വീട്ടിലെ എല്ലാ സാധനങ്ങളും എന്താ നമുക്കിന്നിപ്പോ കടത്തിന് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എല്ലാം നമ്മൾ ആഗ്രഹിച്ചാൽ മതി നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സംസാരിച്ചാൽ മതി ഒരു കാറ് മേടിക്കണം ഒട്ടന കാറ് കമ്പനിക്കാരൻ വീട്ടിലെത്തും വീട്ടിൽ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുതരികയാണ് പണ്ടൊന്നും അത് നടക്കില്ല നമ്മൾ പോണം അതിനൊക്കെ എന്നൊന്നും വേണ്ട എല്ലാം പണ്ടൊക്കെ നമുക്ക് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള ചിന്തയൊന്നും അത്ര ഉണ്ടായിരുന്നില്ല അങ്ങനെയല്ല അവർ പറയുന്നു ഇത് പുതിയ ഔട്ട് ഓപ്പേഷനാണ് അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ബ്രാൻഡിൽ ഇത് ഇതും കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പൊ പണ്ട് നമ്മൾ തന്നെ ഇത് വിൽക്കാൻ നടന്നിരുന്നു ഇപ്പൊ അത് അവർ ഏറ്റെടുത്തു ഇപ്പൊ ഏത് കമ്പനി പഴയ സാധനം എടുക്കും അതായത് ആക്രി കച്ചവടക്കാരൻ്റെ ജോലിയൊക്കെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഏറ്റെടുത്തിരിക്കുക നിങ്ങൾ കാർ ഏതു ആകട്ടെ ഞങ്ങളൊരു വില നിശ്ചയിച്ചെടുത്തോളാം നിങ്ങളിത് വിൽക്കാനൊന്നും നടക്കണ്ട നിങ്ങളുടെ ടി വി ഏതുമാകട്ടെ നിങ്ങളുടെ ഫ്രിഡ്ജ് ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏതുമാകട്ടെ ഇനി ഇപ്പൊ എടുക്കാനുള്ളത് സാരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ താമസിയാതെ അവരത് എടുക്കും നിങ്ങളൊരു പഴയ സാരി ഏതെങ്കിലും എടുത്ത് വരൂ ഞങ്ങളുടെ ഷോറൂമിലേക്ക് പുതിയതുമായിട്ട് ഉടനെ ഒരു അഞ്ചു കൊല്ലം കാത്തിരുന്ന കാണാം നമുക്കിതൊക്കെ താമസമിന അതുകൊണ്ട് ഋണം കൃത്വാഘൃതം പിതേത് അടുത്തതാണ് വളരെ അപകടം അല്ല ഇത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴോ നമ്മളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ജാഗ്രത അവസ്ഥയിൽ പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു അപകടകരമായ ഒരു എന്താ ഒരു പ്രസ്താവനയുണ്ട് മരിക്കി എന്നെ വേണ്ടി വരും പിന്നെയോ കൂട്ടാത്മഹത്യ വേണ്ടി വരും കേരളത്തിലെ പല വീടുകളിലും കൂട്ട ആത്മഹത്യയുടെ തൊണ്ണൂറ്റൊൻപത് ശതമാനം കാരണവും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണ് ആ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിക്ക് നിദാനമായി നിൽക്കുന്നത് ഈ പല സാധനങ്ങളും മേടിച്ചു കൂട്ടിയിട്ടുള്ളതാണ് അവിടെ പുതിയ ഫ്രിഡ്ജ് ഉണ്ടാവാം ഏറ്റവും വലിയ ഫ്രിഡ്ജായിരിക്കും പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടാവാം അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കും ഇങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ മേടിച്ച് പല കടയിൽ നിന്നായിരിക്കും പല കടക്കാരനും കൂടെ ഒരുമിച്ച് വരുമ്പം പിന്നെ അവരൊറ്റ മാർഗേ ഉള്ളൂ കുറച്ചും കൂടെ കടം മേടിച്ചിട്ട് പോലും കടം കോഴി ബിരിയാണി അതിൽ നിന്ന് ചേർത്ത് കൂട്ടത്തോടുകൂടി കഴിച്ച് മരിക്കുക ഇത്ര പേരങ്ങനെ ചെയ്യുന്നത് കടം വീട് വയ്ക്കുന്നു കടം അത് ചെയ്യുന്നു കടം ഇത് ചെയ്യുന്നു കടം തരുന്ന സമയത്ത് അവരൊന്നും പറഞ്ഞിട്ടില്ല ഇതൊന്നും വേണ്ടി വരും ഒക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്ന് നമ്മുടെ ഒരു സങ്കല്പമായിരുന്നു അവർ ഇതൊന്നുമില്ലാതെ നമ്മൾ എങ്ങനെയാ ജീവിക്കുക എന്നാണ് കുട്ടികൾ അങ്ങനെ പറഞ്ഞു തുടങ്ങി ഇപ്പം അവർക്ക് അത് വേണം ഇത് വേണം പിന്നെ പലതും നമ്മൾ അവരെ അറിയിക്കാതെ ഇങ്ങനെ കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു വലിയ വലിയ സ്വപ്നങ്ങൾ രണ്ട് കുട്ടിയുള്ള ആള് വിചാരിക്കണം രണ്ട് കുട്ടിക്കും ഓരോരോ വീട് വയ്ക്കണം ഓരോ വീടുണ്ടാക്കി കൊടുക്കണം പെൺകുട്ടികളുള്ളവർ വിചാരിക്കണു എൻ്റെ ഈശ്വര ഇവരെയൊക്കെ പഠിപ്പിച്ച് ഇനി സ്ത്രീധനം എത്രയാ ചോദിക്കുക ഇന്ന് ഇതൊരു എന്താ വേണം അഞ്ചു ലക്ഷം എന്നൊക്കെ ഉള്ള സംസാരങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഈ വ്യവസായത്തെക്കുറിച്ചാണ് അതായത് ബിസിനസ്സാണ് സംസാരിക്കുന്നത് മൂല്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നുമില്ല അപ്പൊ അതിനുവേണ്ടി നമുക്ക് കടം തരാൻ ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ അതിന് നമ്മുടെ വസ്തുക്കൾ മുഴുവൻ പോയാലും അവസാനം നിങ്ങളെ കൊല്ലും ഇവർ ഇവർക്ക് ആവശ്യം അതാ പിന്നെ എഴുതി തള്ളാം അങ്ങനെ ഋണം കൃത്വാ ഘൃതം വിവേത് ദേഹസ്യ പുനരാഗമനം കുതഹ പിന്നെ ആത്മാവിനെ അന്വേഷിച്ച് ഒരു ബാങ്ക് മാനേജരും പോവില്ല കാശ് മേടിക്കാൻ ഇനി രണ്ടാമത് ജന്മെടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ കേസ് ഫയൽ ക്ലോസ് ചെയ്തു അതുകൊണ്ട് പലരും ചിന്തിക്കുന്നു മേടിക്കുന്ന സമയത്ത് തന്നെ ഇതടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മരണം തന്നെ ആത്മഹത്യ തന്നെ വഴിയെന്ന് ജാഗ്രത അവസ്ഥയിൽ തൻ്റെ ഉപബോധ മനസ്സിലേക്ക് അതിൻ്റെ ആഴത്തിലേക്ക് അടിത്തട്ടിലേക്ക് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ മനസ്സ് പറയുന്നു തൂങ്ങിച്ചത്തോളാൻ അല്ലെങ്കിൽ റെയിലിന് തലവെച്ചോളാൻ അല്ലെങ്കിൽ വല്ലവൻ്റെയും കട്ട് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നു ഇതൊക്കെ ചെയ്യുന്നു നമ്മളെ യാമിമാം പുഷ്പിതാം വാചും ഇങ്ങനെ അവനെ നോക്ക് ഇവനെ നോക്ക് അവൻ്റെത് കണ്ടോ ഇവൻ്റെത് കണ്ടോ അവരൊക്കെ വന്നിട്ട് എത്രയായിട്ടല്ലേ അവർ കൊച്ചിയിൽ വന്നിട്ട് വെറും നാല് വർഷമായിട്ടേ ഉള്ളൂ കണ്ടോ അവർ വെച്ച വീട് നിങ്ങൾ നാൽപ്പത് വർഷമായിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യും അല്ലേ ഇന്നും ഞാൻ എനിക്കും എൻ്റെ കുട്ടിയേക്കും വാടക വീട്ടിൽ തന്നെ കഴിയാൻ ഗതി ഇങ്ങനെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ പാവം പറയിപ്പിച്ച് പറയിപ്പിച്ച് അവസാനം അയാൾ ഉള്ള ദിവസവും ഇങ്ങനെ നോക്കും പത്രം എടുത്തിട്ട് നോക്കുക ഇവിടെ എന്താണ് അവിടെ എന്താ ഇപ്പൊ പത്രങ്ങളിൽ വരുന്ന പരസ്യമോ അങ്ങനെ നൂറ് രൂപയ്ക്കാറ് പിന്നെയും വായിക്കും എടാ ഇത് എത്ര പൂജയാണ് നോക്കടാ അച്ഛന് കണ്ണു കാണ ഒരു ലക്ഷത്തിന് കാറാണെന്ന് അച്ഛാ നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് കാർ ഇത് അക്ഷര പത്രത്തിലേക്ക് വിളിച്ചു അല്ലോ ഇന്നൊരു പരസ്യം കണ്ടു നൂറ് രൂപയ്ക്ക് അതെ നൂറ് രൂപയ്ക്ക് സാറേ അതിന്റെ അടിയിൽ വ്യവസ്ഥകൾ ബാധകം എന്ന് പറഞ്ഞു വരും ചെറിയ ഫുഡ് നോട്ട് കൊടുത്തേ ആഹാ അപ്പൊ എന്നാ ആ നമ്പറിൽ വിളിച്ചു ഈ നൂറ് രൂപയ്ക്ക് കാർ എങ്ങനെയാ പിന്നെ ഇവന്റെ വരവാണ് വീട്ടിലേക്ക് നമ്മളെ കൊണ്ട് കാർ എടുപ്പിച്ചിട്ട് അവർ വീട്ടിൽ നിന്ന് പോങ്ങനെയാണ് ഓരോ സാധനങ്ങളും നമ്മൾ അറിയാനുള്ളൊരു ആഗ്രഹത്തിനൊന്ന് പോയി നോക്കിയാൽ പെട്ടു പിന്നെ ഗതി മരണം എങ്ങനെയുള്ള മരണം ആത്മഹത്യ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു അവിപശ്ചിത ഭോഗൈശ്വര്യഗതിം പ്രതി ക്രിയാവിശേഷ ബഹുലാം ഇമാം പുഷ്പിതാം വാചം പ്രവതന്തി അവരങ്ങനെ പുഷ്പിച്ച വാക്കുകളെയൊക്കെ പറഞ്ഞ് തയാ അപഹൃതചേതസാം അപഹൃതചേതസാം നമ്മുടെ മനസ്സിനെയാണ് അവർ അപഹരിക്കുന്നത് മനസ്സിന് അപഹരിക്കുന്ന മനസ്സിനെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുക അതായത് കൃഷ്ണന് കൊടുത്തില്ല മനസ്സിനെ പിന്നെ കൊടുത്തതായിരിക്കാണ് ദുര്യോധനന് പിന്നെ എങ്ങനെ അപഹൃതചേതസാം ഭോഗൈശ്വര്യ പ്രസക്താനാം ഭോഗൈശ്വര്യത്തിലെ താത്പര്യമുള്ള അവർക്ക് സമാധൗ വ്യവസായാത്മിക ബുദ്ധിഹി ന വിധീയതേ സമാധിയിൽ അന്ധകരണത്തിൽ വ്യവസായാത്മിക ബുദ്ധി നിശ്ചയരൂപമായിട്ടുള്ള ബുദ്ധി ന വിധിക്കപ്പെടുന്നതല്ല അത് അവരിൽ സംഭവിക്കില്ല എന്ന് പറയുന്നു എന്താണ് ആ അത് സംഭവിക്കാതിരിക്കാൻ കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് കാമനകളുണ്ട് എന്ന് പറയും വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പം ഒരു കവറിൽ ഒരു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള വധൂവരന്മാരാണ് അപ്പം അവിടെ ഒരു കവർ ഒരു കവർ തുറന്നു നോക്കിയപ്പോൾ സിനിമാ തിയേറ്ററിലെ സിനിമയ്ക്കുള്ള ടിക്കറ്റ് രണ്ടുപേരുടെ ടിക്കറ്റ് ബാൽക്കണി ടിക്കറ്റ് അതിലെഴുതിയിരിക്കുന്ന ഗസ് ചെയ്യാൻ ആരാണ് ഗസ് ചെയ്യാൻ അവരിങ്ങനെ ആലോചിച്ച് ആരായിരിക്കും നോക്കുമ്പോൾ ഇന്നത്തെ ടിക്കറ്റ് തന്നെ ഇന്നത്തെ സിനിമയുടെ ടിക്കറ്റ് സെക്കൻഡ് ഷോനാണ് പുത്തൻ പടം ഗംഭീര പടം ഒരു മണിക്കൂർ വരി നിന്നാൽ പോയാൽ കിട്ടില്ല ആ ടിക്കറ്റാണ് റിസർവ് ചെയ്തിട്ടുള്ള ടിക്കറ്റ് തിയേറ്ററിലേക്ക് വിളിച്ച് ചോദിച്ചു ഉറപ്പിച്ചു അപ്പോൾ ടിക്കറ്റ് കറക്റ്റാണ് ടിക്കറ്റ് വ്യാജ ടിക്കറ്റൊന്നുമില്ല ആരെങ്കിലും കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ അവസാനം ഇവരെ ആലോചിച്ചു ചേട്ട ഏതായാലും ഫ്രീ ടിക്കറ്റ് അല്ല ഇത് നമ്മുടെ ചേട്ടന്റെ ആരെങ്കിലും ഫ്രണ്ട് ആയിരിക്കോ അതെ എന്റെ ഫ്രണ്ട് ആയിരിക്കോ ആരാണ് എന്തായാലും നമുക്ക് പോവാം ആരാണ് ഗസിയാൻ പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുന്ന കട്ട് ഒരു ചിട്ടുണ്ടായിരുന്നു അതിൽ അവര് സിനിമയ്ക്ക് പോയി എന്നാ തിയേറ്ററിൽ വെച്ച് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു അവര് നോക്കി ആരെങ്കിലും ഉണ്ടോന്ന് പക്ഷേ ഒരാളെയും കണ്ടില്ല അവരിറങ്ങിപ്പോന്നു വീട്ടിൽ വന്നപ്പോ വീണ്ടും ഒരു ചിട്ട് ഗസ് ചെയ്യാൻ വീട്ടിലൊരു സാധനവും ഇല്ല കംപ്ലീറ്റ് അടിച്ചു പോയി ഗസ് ചെയ്തോളാൻ നിങ്ങളിങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പം വീണ് വീണ് കളയരുത് എന്നാ ശരി ടിക്കറ്റ് പോയി സിനിമ അങ്ങോട്ട് കണ്ടുകളയാം യാമിമാം പുഷ്പിതം വാചം എന്ന് പറയാം അതിലൊക്കെ അപഹൃതമായിട്ടുള്ള മനസ്സ് അപഹരിക്കപ്പെട്ട മനസ്സ് പുരോഹിതം പറഞ്ഞു ഇത് എന്താ ഈ മനസ്സ് അപഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയാ ചെകുത്താന്റെ എന്താ അത് ചെകുത്താന്റെ കളിക്കളാണെന്ന് പറയും അതൊരു അങ്ങനെ ഒരു പറഞ്ഞു അപ്പൊ പറയാം അയ്യോ എന്നാ എൻ്റെ ഭർത്താവിൻ്റെ തലമുണ്ട അമ്യൂസ്മെന്റ് പാർക്കാണ് എന്ന് കാരണം അത്ര അതിലൊന്നുമില്ല എന്നാണ് എപ്പോഴും പോയിട്ട് ഇദ്ദേഹം ഓരോന്നിൽ പോയി വിഷു അത് ചെറും ചെറിയ ഒരു ഏരിയ അത് വലിയൊരു പാർക്കാണത് തുടർന്ന് ഭഗവാൻ ഈ എന്താ സിദ്ധാന്തത്തെ ചതുർ എന്താ ചതുർ സൂത്രമുണ്ട് നാല് സൂത്രങ്ങൾ കർമ്മയോഗ സൂത്രം അതൊക്കെ അവതരിപ്പിക്കാൻ പോവുകയാണ് സാഖ്യയോഗം സാഖ്യശാസ്ത്രത്തെ ഭഗവാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു തുടർന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നു വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്തശ്ച ബുദ്ധയ അവ്യവസായിന ഉറപ്പുറ്റ ബുദ്ധി നിശ്ചയം നിശ്ചയമാർന്ന ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരഭൂതമായി വർത്തിക്കുന്ന ശക്തിവിശേഷം അതൊന്നാണ് അതാണ് ഈ കാണായതെല്ലാം എന്നറിയുന്ന ബുദ്ധി അതൊന്നാണ് എന്ന് പറയാം അതിൽ പിന്നെ പല സംശയങ്ങൾക്ക് സാധ്യതകളില്ല എന്നാൽ പറയുന്നു അവ്യവസായിനാം ബുദ്ധയ ബഹുശാഖാഹ അനന്താഹ നിശ്ചയദാർഢ്യമില്ലാത്തവർക്ക് അവരുടെ ബുദ്ധികൾ അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അവർക്ക് പല സങ്കല്പങ്ങളാണ് അത് പലതായി ഇരിക്കുന്നു തുടർന്ന് ഭഗവാൻ പറഞ്ഞു ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധ വിധീയത അപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ സമമായ ധീ എന്നാണ് സമധി ഇതി സമാധി ധീ ബുദ്ധി അപ്പൊ ബുദ്ധി കൊണ്ട് ഇത് മുഴുവൻ ഏതൊന്നറിയുന്നതിനെയാണ് സമാധി എന്ന് പറയുക അതുകൊണ്ടാണ് ഈ ശാസ്ത്രകാരന്മാർക്കും മറ്റും ശാസ്ത്രകാരന്മാർക്കും മാത്രമല്ല ഇപ്പം സംഗീതത്തിൽ അല്ലെങ്കിൽ നൃത്തത്തിൽ ചി ചിത്രം വരയ്ക്കുന്നവർക്ക് ഓരോരോ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതുമായി താതാത്മ്യം പ്രാപിച്ച് അവരവരുടെ വ്യക്തിത്വം വിട്ടുപോകുന്ന സമയത്ത് ക്ഷുദ്രസമാധി എന്ന് പറയും അല്പമാത്രമായി ഉണ്ടാകുന്ന ആ ഒരു ഏകത അത് പലരും അനുഭവിച്ചിട്ടുണ്ടാവും ക്ഷുദ്രസമാധി എന്ന് പറയും അത് താൽക്കാലികമാണ് ഇവിടെ പറയുന്നു അതെന്താണ് ന വിധീയത അത് ആ നിശ്ചയ രൂപമാർന്ന ആ ബുദ്ധി എന്ത് സംഭവിക്കുന്നില്ല അത് വിധിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനൊരു മുറിവുണ്ടാകുന്നില്ല എന്ന് പറയാം അത് ഉറപ്പുറ്റതായി തീരുന്നു ഇത്ര വരെയാണ് ഭഗവാൻ പറഞ്ഞത് അന്ധക്കരണത്തില് ഈ ഒരു ഉറപ്പ് നമുക്ക് ഏവർക്കും തുടർന്ന് എന്താ വേദങ്ങളുടെ താല്പര്യം എന്താണെന്നും േദങ്ങളുടെ താത്പര്യത്തിന് അപ്പുറത്തേക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ വേദങ്ങൾ എവിടെ നിലകൊള്ളുന്നു അതിന്റെ പരിമിതി അറിഞ്ഞുകൊണ്ട് അതിനപ്പുറത്തേക്ക് നടന്നു നീങ്ങാൻ അർജുനനെ ഭഗവാൻ പ്രേരിപ്പിക്കണം അടുത്ത ശ്ലോകത്തില് നോക്കാം ത്രൈഗുണ്യ വിഷയാ വേദ നിർജുന നിർദ്വന്ദ് ക്ഷേമ ആത്മവാൻ ത്രൈഗുണ്യ വിഷയാ വേദാഹ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ് നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മവാൻ അർജുനൻ ഭഗവാന്റെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ ജീവിതത്തിന്റെ ആഴത്തില് അതിന്റെ അടിത്തട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാ അതുകൊണ്ടാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുന്നതും ശരിക്കും നമ്മൾ ഈ ഭഗവാന്റെ ഉത്തരം കേൾക്കുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടണം അർജുനന്റെ ചോദ്യത്തിൻ്റെ ആഴങ്ങൾ എത്രയായിരുന്നു എന്ന് പറയുന്നു ഹേ അർജുന വേദാഹ സ്ത്രൈഗുണ്യ വിഷയാഹ അർജുനൻ വേദങ്ങളൊക്കെ ഉദ്ധരിച്ചിരുന്നു അതുകൊണ്ട് പറയുന്നു വേദങ്ങൾ മൂന്ന് വിഷയങ്ങളെ മൂന്ന് ഗുണങ്ങളെ സംബന്ധിക്കുന്നതാണ് മൂന്ന് ഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം മൂന്ന് ഗുണങ്ങളെ കുറിച്ച് അതാണ് അതിലെ വിഷയം അതുകൊണ്ട് ത്വം നിസ്ത്രൈഗുണ്യ നീ മൂന്ന് ഗുണങ്ങൾക്ക് അതീതനാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നീ വേദത്തിന്റെ അപ്പുറത്തേക്ക് തന്നെ പോകേണ്ടതുണ്ട് എന്ന് പറയാം നിസ്ത്രൈഗുണ്യോ ഭവ നിർദ്വന്ദ്വ നിന്നിൽ ദ്വന്ദ്വങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയില് യുദ്ധം യുദ്ധത്തെ ന്യായീകരിക്കുന്നതിനായിട്ട് മനുവിൻ്റെ സ്മൃതി ഉദ്ധരിച്ചുകൊണ്ട് മനുവിൻ്റെ സ്മൃതിയിൽ സ്വേച്ഛാധിപതിയെ വധിക്കാം എന്ന് മനു പറയുന്നുണ്ട് വദാർഹരാണ് ആദതായിയൊക്കെ അർജുനൻ ഉദ്ധരിക്കുന്നതും അതുകൊണ്ട് അതുകൊണ്ട് അർജുനൻ ആദതായിൽ അർജുനൻ ഒരു ക്ലോസ് വയ്ക്കുന്നുണ്ട് എന്താണെന്നറിയോ സ്വന്തം ആളുകൾ ആദതായി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മനുവിൻ്റെ സ്മൃതിയുടെയൊക്കെ ഒരു പരിമിതി അവിടെ നമുക്ക് ബോധ്യപ്പെടും സ്മൃതിഗ്രന്ഥങ്ങളൊക്കെ കേമം തന്നെ പക്ഷേ കാലാനുസൃതമായിട്ട് അതിനെ അതിന് മാറ്റങ്ങൾ സംഭവിക്കും സ്മൃതി ഒരിക്കലും പരമപ്രമാണമല്ല എന്ന് പറയാം ശ്രുതിയാണ് പരമപ്രമാണമായിട്ടുള്ളത് പക്ഷേ മനുവിനെ സംബന്ധിച്ച് മനുവിൻ്റെ മുൻപിൽ സ്വേച്ഛാധിപതിയായ സ്വന്തക്കാരൻ വന്നാൽ എന്ത് എന്ന് മനു ഗവേഷണം നടത്തിയിട്ടില്ല അതാണ് ഗീതയുടെ മഹത്വം മനുവിന്റെ വിഷയം ആയിരുന്നില്ല അത് അർജുനൻ ചോദിച്ചത് ആ അതാണ് അപ്പം മനുവിൻ്റെ സ്മൃതിയെ ഉദ്ധരിച്ചുകൊണ്ട് അർജുനന്റെ അർജുനൻ ഇത് ചെയ്താൽ തെറ്റല്ല എന്ന് നാം വ്യാഖ്യാനിക്കുന്ന പക്ഷം നമുക്ക് രണ്ടും പിടികിട്ടാതെ പോവും അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയും നോക്കും വേദത്തിനപ്പുറത്തേക്ക് കടക്കാനാണ് പറയുന്നത് അപ്പം സ്മൃതിയൊക്കെ ഉദ്ധരിക്കുന്നത് തന്നെ ബാലിജമാണ് അത് വേദം അതിൻ്റെയും എക്സ്ട്രീമായിട്ടുള്ള ഒന്നാണ് ചിലർ കുറച്ച് ഗീതയിലെ ആഴത്തിൽ പഠനം നടത്തുന്നവരുണ്ടാവും അവരെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്വാമി പറയുന്നത് അപ്പം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വാമി ഈ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ലല്ലോ അപ്പം മനുസ്മൃതി ഒന്നും അറിയില്ലല്ലോ ഞങ്ങൾക്ക് അപ്പം ചിലപ്പം ആ വഴിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അതുകൊണ്ട് അവർക്കും കൂടെ ആയിട്ട് പറയണമെന്ന് പറയാം സ്മൃതിയുടെ പരിമിതി ഇതാണ് മനു സ്മൃതി രചിക്കുമ്പം ഗുരുക്കൻ ഗുരുക്കനെ കൊല്ലുന്നത് എങ്ങനെ സ്വേച്ഛാധിപതിയായ ഗുരു വദാർഹനാണോ എന്നത് മനുവിൻ്റെ ഗവേഷണ വിഷയമല്ല സ്വന്തം അച്ഛൻ അച്ഛന് സദൃശമായിട്ടുള്ളവർ മുൻപിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് മനുവിന് വിഷയമല്ല മനു ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ സ്വച്ഛാധിപതിയായിട്ടുള്ള ഒരുവൻ പദാർഹനാണ് അയാൾ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അയാളെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിഷയം അതൊന്നുമല്ല എന്ന് പറയാ അപ്പൊ നമ്മൾ പലപ്പോഴും അർജുനനെ ന്യായീകരിക്കാൻ ഭഗവാനെ ഭഗവാൻ ചെയ്തത് ശരിയാണെന്ന് ന്യായീകരിക്കാൻ വേണ്ടി മനുവിനെയൊക്കെ കൂട്ടുപിടിക്കുമ്പം കൃഷ്ണൻ നിന്ന് ആ പ്ലാറ്റ്ഫോം നമുക്ക് പിടികിട്ടാതെ പോവും അത് വലിയ വിഷമാണ് കൃഷ്ണൻ എവിടെ നിന്നിട്ടാണ് ഇത് പറഞ്ഞത് എന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മനുവിനെ കൂട്ടുപിടിച്ചാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്വാമി പറയുന്നു വേദങ്ങളുടെ വിഷയം തന്നെ ഞാൻ വേദങ്ങളുടെ പരിമിതി നിനക്ക് ബോധിപ്പിച്ചു തരാം ഉം എന്താണ് ത്രി ത്രിഗുണാത്മിക അതായത് മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് സ്ത്രൈഗുണ്യ വിഷയാഹ സ്ത്രൈഗുണ്യ വിഷയാഹ മൂന്ന് സത്വരജ തമോ ഗുണങ്ങളെ വിഷയമാക്കിയിട്ടുള്ളതാണ് വേദങ്ങൾ നീ എന്തു വേണം ത്വം നിസ്ത്രൈഗുണ്യ നീ സത്വരജ തമോ ഗുണങ്ങൾക്ക് അപ്പുറമുള്ളവനായി തീർന്ന് നിർദ്വന്ദ്വ ദ്വന്ദ്ഭാവങ്ങൾ ഇല്ലാത്തവനായി നിത്യസത്വസ്തഹ നിത്യസത്വസ്ഥ എന്ന് പറയുമ്പം ശ്രദ്ധിക്കണം ചില വ്യാഖ്യാനങ്ങളിൽ കാണാം നീ സത്വഗുണാന്വിതനായിട്ടിരിക്കൂ അങ്ങനെയല്ല ഭഗവാൻ ആദ്യം പറഞ്ഞത് നിസ്ത്രൈഗുണ്യോ ഭവ എന്നാണ് മൂന്ന് ഗുണങ്ങൾക്കപ്പുറത്തേക്ക് പോയിട്ട് പിന്നെ സത്വഗുണത്തിലിരിക്കാനാണോ അല്ല അവിടെ സത് എന്ന് പറഞ്ഞാൽ കാലത്രയേപി തിഷ്ടതിയത് തത് സത് മൂന്ന് കാലത്തും മാറാതെ നിലനിൽക്കുന്നതേതോ അതിനെയാണ് സത് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ബോധമാണ് ബ്രഹ്മമാണ് ആത്മാവാണ് നീ അതായി തീരുവല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മൂന്ന് ഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം തമോ ഈ മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് വളരെ വിസ്തരിച്ചൊരധ്യായം തന്നെ ഭഗവത്ഗീതയിലുണ്ട് സാമാന്യമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറയാം നമ്മളൊക്കെ ഈ മൂന്ന് ഗുണങ്ങളാൽ പ്രഭാവിതരാണ് ഈ മൂന്ന് ഗുണങ്ങളാൽ മിശ്രിതമാണ് ഈ ലോകം ഈ ലോകം ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സത്വഗുണം രജോ ഗുണം തമോഗുണം നാം മനസ്സിലാക്കിയിരിക്കുന്നു തമോഗുണം മോശമാണ് രജോ ഗുണം കുറച്ചുകൂടെ തരക്കേടില്ല സത്വഗുണം തരക്കേടില്ല എന്ന് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സത്വഗുണത്തെയും രജോ തമോഗുണത്തെയും സത്വഗുണത്തെക്കുറിച്ച് പറയുന്നത് സൃഷ്ടി എന്നാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളില് സൃഷ്ടി എന്നത് സത്വഗുണമായിട്ടും സ്ഥിതി എന്നത് രജോഗുണമായിട്ടും തമസ് ലയമായിട്ടും പറയുന്നു അപ്പൊ നമ്മിൽ ഈ മൂന്ന് ഭാവങ്ങളുമുണ്ട് ഈ പ്രകൃതിക്ക് ഈ മൂന്ന് ഭാവങ്ങളുണ്ട് ഈ ഭാവങ്ങൾ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും ഇത് മൂന്നും ആവശ്യമുള്ളതാണ് പക്ഷേ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന അധികമായാൽ അമൃതും വിഷം എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ വെറും തമോ ഗുണം മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് തമോ തമോഗുണിയാണ് തമോ ഗുണി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കാൻ തന്നെ വലിയ വിഷമാണ് അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികളെ കാണാം ഈ ഗുണത്തിലൊക്കെ പെടുന്നവരുണ്ടാവും തമോ ഗുണത്തിലും ഋജോ ഗുണത്തിലും സത്വഗുണത്തിലുമൊക്കെ ഗുണങ്ങളുടെ മിശ്രിതം ആ ഏറ്റക്കുറച്ചിലൊക്കെ സമമായി വരുമ്പോ ആയുർവേദത്തില് വാദപിത്ത കഭം എന്ന് പറയും അതിൻ്റെ ഏറ്റക്കുറച്ചിലാണ് രോഗത്തിന് കാരണമായിട്ട് തീരാ ഇവിടെ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്നു എന്നാണ് അപ്പൊ തമോഗുണികളായിട്ടുള്ളവർ എഴുന്നേൽക്കുന്നതേ വളരെ വൈകിയായിരിക്കും എന്ന് പറയും അവർക്ക് തമസാണ് അവരുടെ ലക്ഷണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് അവരെഴുന്നേൽക്കും എഴുന്നേറ്റ് കുറച്ച് അങ്ങനെ ഇരിക്കും എന്നിട്ട് വീണ്ടും അങ്ങനെ ഇരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങിക്കൊണ്ട് അങ്ങനെ പിന്നെ രണ്ട് അടി കൊടുക്കണം അപ്പൊ പുതപ്പൊക്കെ അവരിടുന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും ആ പുതപ്പിൽ അങ്ങനെയൊക്കെ കിടന്നു പറയും കളയും എന്നിട്ട് പിന്നെ ബാത്റൂമിൽ പോയി ഇരുന്നോറങ്ങും അവിടെ ഇരുന്നോറണം എവിടെയൊക്കെ കിട്ടുന്നു അതൊക്കെ അവർ ഉപയോഗിക്കും എല്ലാം വളരെ താമസിച്ചേ ചെയ്യും ഒരു പേസ്റ്റ് തുറക്കണമെങ്കിൽ കുറേ സമയമെടുക്കും അതങ്ങനെ വെച്ച് ഇരിക്കും പിന്നെ അത് തുറന്ന് അതിങ്ങനെ ഞെക്കുന്നു പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ നോക്കും ഇങ്ങോട്ടെടുക്കാൻ കുറെ സമയം എടുക്കും അങ്ങനെയാണ് ഇതിൻ്റെ രീതി കുളിക്കുന്നതൊക്കെ അങ്ങനെയായിരിക്കും തുറത്തൊന്നുമില്ല മുള്ളൻ പന്നി പോലെ കാണാം ഇങ്ങനെ പകുതി പുറമൊന്നും നനഞ്ഞിട്ടുണ്ടാവില്ല മിക്കവാറും ഇതിൽ ഒരു രൂപത്തിലായിരിക്കും വരുന്നതൊക്കെ വളരെ സാവകാശമൊക്കെ ആയിരിക്കും എല്ലാറ്റിനും ഒരു താമസം താമസം മാത്രം ഭക്ഷണം കഴിക്കുന്നതില് എഴുന്നേൽക്കുന്നതില് പോകുന്നതിൽ എല്ലാം കാണാം ഈ താമസം രജോഗുണിയാണെങ്കിൽ എഴുന്നേൽക്കുന്നത് അങ്ങനെയാണ് ടാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എഴുന്നേൽക്കല പൊതപ്പ് രണ്ട് കഷ്ണമാവും അതെ ബാത്റൂമിനകത്തെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ ഒരു അറ്റാച്ച് അവിട്ടാണ് അതൊക്കെ ചവിട്ടിക്കൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ കയറുന്നതും കാണാം പുറത്തേക്ക് ഇറങ്ങുന്നതും കാണാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും പ്രഷൊക്കെ അങ്ങനെ ഏത് പ്രഷ അവന് ഇന്ന പ്രശ്നൊന്നും അവൻ്റെതായിക്കൊള്ളുന്നില്ല എടുത്ത ഒരൊറ്റ ഞക്കൽ അഭിച്ച അതത്രയും പുറത്തേക്ക് ചാട്ടും തേക്കുമ്പോ നമ്മൾ കണ്ടാൽ പേടിയോ ഇതെല്ലാം കൂടെ തൊഴു എന്താ വിഴുവോന്നുള്ളത് തുറത്തുന്നതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരു ശബ്ദം അതിൻ്റെ ഉള്ളിൽ കേൾക്കാം ടാട്ടിക്കൂ ടാട്ടു എന്നൊക്കെ പറഞ്ഞ് കുളിക്കുമ്പം എല്ലാവരും ഒരു ബഹളമാണ് കഴിക്കുന്നതും പോകുന്നതും എല്ലാം രജസിൻ്റെ അതി എന്താ പറയുക അതിപ്രസരം വണ്ടിയൊക്കെ ഓടിക്കുന്നത് കാണുമ്പോൾ കണ്ടുകഴിഞ്ഞാറേ ആ രജസ് ആ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നിർത്താൻ തോന്നില്ല അവർക്ക് ട്രാങ്ക് ട്രാങ്ക് ട്രാങ്ക് ട്രാങ്ക് ട്രാങ്ക് ഇങ്ങനെ വെച്ചിട്ട് മറ്റതങ്ങനെയല്ല ട്രാഫിക് ബ്ലോക്കിൽ വന്നാൽ സ്വിച്ച് ഒക്കെ ഓപ്പ് ചെയ്തു ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ട് വെച്ചു പിറകുന്ന ബാക്കിയുള്ളവരൊക്കെ അടിക്കുമ്പോൾ എന്നിട്ട് സാവകാശം സ്റ്റാർട്ട് ചെയ്ത് അതങ്ങനെയല്ല നിർത്തില്ല എന്ന് പറയാം സത്വഗുണത്തിന് എല്ലാറ്റിനും ഒരു താളമുണ്ട് എഴുന്നേൽക്കുന്നതിനും പ്രവൃത്തികൾ ചെയ്യുന്നതിനും എല്ലാം അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു പത്രം വായിക്കുന്നത് കണ്ടാറയാ പത്രം പിടിക്കുന്നത് കണ്ടാറ പത്രം എടുത്ത് അത് തുറന്ന് നോക്കുന്നത് രജോ ഗുണി അങ്ങനെയല്ല പത്രം കെട്ടിക്കഴിഞ്ഞാൽ തമോഗുണി പിന്നെ പത്രം നോക്കില്ല നല്ലവരും നോക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയി നോക്കും അതെ കാരണം അവർക്ക് തുറക്കാൻ ബുദ്ധിമുട്ടാണ് അതെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ തമോഗുണിയുടെ ഒരു കഥ രാജാവ് തമോ ഗുണിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തിയതാണ് അപ്പോ സദ്യ ഉണ്ടെങ്കിൽ ഇവർ വരും എന്ന് പറഞ്ഞു സദ്യ ശരി സദ്യ കൊടുക്കാൻ പറഞ്ഞു ഒരുപാട് തമോ ഗുണികൾ എത്തിച്ചേർന്നു അപ്പൊ ഒരാള് ഇവരിങ്ങനെ നോക്കുന്നുണ്ട് ചിലരൊക്കെ പറഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കൊടു കൊടുത്തയച്ചാൽ നിങ്ങൾ കഴിക്കാം അപ്പൊ അവരെയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തു മന്ത്രി പിന്നെ ഒരാൾ വിളമ്പിയിട്ട് അങ്ങനെ ഇരിക്കുന്നു എന്താ കഴിക്കുന്നില്ലെന്ന് ആരെങ്കിലും വാരി തന്നാ കഴിക്കണം അപ്പൊ അവർ നിശ്ചയിച്ചു ഇതായിരിക്കാം ഒന്നാമേ അങ്ങനെ ഒരു കുറച്ചു പേരെ അവര് സെലക്ട് ചെയ്തു സമ്മാനം കൊടുക്കാൻ നേരത്ത് ഒരു മന്ത്രി അന്വേഷിക്കാൻ പോയിട്ടുണ്ട് ആളെ ഏറ്റവും കേമന്മാരെയായിട്ട് പിടിച്ചുകൊണ്ടുവരാനാണ് പറഞ്ഞത് അപ്പൊ മന്ത്രി രാജാവ് ഇത് കൊടുക്കാൻ പോകണെന്ന് പറഞ്ഞപ്പം മന്ത്രി രാജാവിനോട് പറഞ്ഞു മഹാരാജൻ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് വേറൊരു തമോ ഗുണി ഉണ്ട് ഇതിലും ഗംഭീരനാണ് ആളെന്ന് പറയാം ഡോക്ടർ തമോ ഗുണിയാ ഡോക്ടറായിട്ട് എടുത്തതാ ഇതില് എന്നാ കൊണ്ടുവരാൻ പറഞ്ഞു ഇങ്ങോട്ട് വരില്ല എന്ന് പറയാം മഹാരാജാവിന് വേണമെങ്കിൽ അങ്ങോട്ട് പോയി കാണാം അത് ശരി എന്നാ പോവാം നമുക്ക് മഹാരാജാവ് പോയി എന്തിനു പറയുന്നു ഒരു കാട്ടിലേക്കാണ് കൊണ്ടുപോയത് അപ്പൊ തന്നെ മഹാരാജാവ് ചോദിച്ചു ഇയാൾ ഈ തമോ ഗുണിയായി കാട്ടിലൊക്കെ വരൂ വരൂ മഹാരാജാൻ നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ അത്രയും രാജാവിന് ദേഷ്യം വന്നു അദ്ദേഹത്തിന് എങ്ങനെ പരിഹസിക്കാൻ കാരണം ഒരു തമോഗുണി ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറും ഒരിക്കലും ഒരു രജസ്സില്ലാത്ത ഒരുപോലെ അതിൻ്റെ മുകളിൽ എത്താൻ പറ്റില്ലല്ലോ രാജാവ് ഇദ്ദേഹത്തിന് വഴക്കു പറയാൻ തുടങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു മഹാരാജൻ ഞാൻ അന്വേഷിച്ചു അദ്ദേഹം ഒരു വിത്തിൻ്റെ മുകളിൽ ഇരുന്നതാണ് വിത്ത് മുളച്ച് അങ്ങനെ പൊന്തി പൊങ്ങിപ്പോങ്ങി മരമായിട്ട് മുമ്പ് അവിടെ തന്നെയാണ് പറയാം അതിശയോക്തിക്ക് വകയുണ്ടെങ്കിലും തമോ ഗുണികളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല എല്ലാറ്റിനും ഒരു ആലസ്യം അതെപ്പോഴും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചില സമയത്ത് നമ്മളെ വല്ലാതെ പിടികൂടും വല്ലാതെ കിടന്നുറങ്ങുന്നത് ഈ ഷൂവും സോക്സും ഇട്ടുകൊണ്ടായിരിക്കും അഴിച്ചു വെക്കാനേ മടിയായിരിക്കും ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയി കിടക്കും ചിലപ്പം ഭക്ഷണം കഴിക്കണം തോന്നില്ല ചില ദിവസം ഉണ്ടല്ലോ എഴുന്നേക്കുന്നത് വളരെ വൈകി എഴുന്നേക്കും ഒരു പതിനൊന്ന് മണിക്കൊക്കെ എഴുന്നേക്കും എന്നിട്ട് കുറെ കഴിക്കും കുറെ വെള്ളമൊക്കെ കൂടിച്ച് വീണ്ടും കിടക്കും ഉറങ്ങും ഒരു മൂന്നര നാലാവുമ്പോ വീണ്ടും എഴുന്നേക്കും വീണ്ടും കുറച്ചിവിടെ കഴിക്കും കുറച്ച് ടി വി ആണ് വീണ്ടും പോയി കിടക്കും ചില ദിവസം ഇങ്ങനെ ഒരു എന്താന്ന് മനസ്സിലാവില്ല ഉറങ്ങണം കുറെ കഴിക്കണം എന്ന് തോന്നും ചില ദിവസം ഇതാങ്ങോട്ട് നമ്മളെ വല്ലാതെ പിടികൂടും ചില ദിവസം ഭയങ്കര രജസമായിരിക്കും ഓടിക്കൊണ്ട് അത് ഇതിലോക്കം ചെയ്യും ഇപ്പം പ്രകൃതിയിൽ ഈ ഗുണങ്ങളുണ്ടെന്ന പ്രഭാതം സത്വഗുണത്തെ സത്വഗുണമാണ് പ്രകൃതിയുടെ പ്രഭാതം എന്ന് പറയുക പ്രഭാതത്തിൽ സത്വഗുണമാണ് ഒരു മധ്യാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ രജോ ഗുണമാണ് സന്ധ്യ കഴിഞ്ഞാൽ സ്വയം സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ തമോഗുണമാണ് തമസിലേക്ക് പ്രകൃതി വിഴിയണം എന്ന് ലയമാണ് ഉണർന്ന് നിലനിന്ന് ലയിക്കുന്ന ഈ പ്രക്രിയ ഇത് എല്ലാറ്റിലുമുണ്ട് അപ്പൊ ഈ ഗുണങ്ങൾക്കനുസരിച്ച് നാം കർമ്മങ്ങൾ ചെയ്യുന്നു അതിപ്പം വൃക്ഷലതാദികളെ നോക്കിക്കഴിഞ്ഞാൽ ജീവജാലങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഉണ്ട് തമോഗുണികൾ ഇപ്പൊ എരുമയെ തമോഗുണിയായിട്ടാ പറയുക എരുമ റോഡിൻ്റെ നടുക്ക് എത്ര ഹോണടിച്ചാലും എരുമയ്ക്കൊരു പ്രശ്നമില്ല എരുമ അങ്ങനെ നിൽക്കും എന്നിട്ട് എരുമ അങ്ങനെ അവകാശം പോവും ആടങ്ങനെയല്ല ആട് ഇത്ര അക്ടച്ചിടക്ക് എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടിക്കൊണ്ടുപോകും അതുപോലെ മറ്റ് ജീവികളൊക്കെ അതിൻ്റെ സ്വാധീനം ചിലപ്പോൾ ആളുകൾക്ക് സംഭവിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് ചില ആളുകൾ റോഡിൽ കൂടെ പോകുന്നത് കണ്ടുണ്ടോ നടുക്ക് നിൽക്കും അവർ ഒരു പ്രശ്നമില്ല ചിലർ റോഡിൽ പെട്ടെന്നാണ് ഓടുക വണ്ടി അവർ നോക്കും വണ്ടി വരുന്നുണ്ടോ വരുന്ന സമയത്തോടും ചിലർ പകുതി ഓടിയിട്ട് പകു പിന്നിങ്ങോട്ട് തിരിച്ചോടും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരാൾ ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞതാണ് അത്ര ഈ എരുമ പാല് കുടിക്കുന്നവർ ഇങ്ങനെയേ പോകുള്ളൂ എന്ന് ആ റോഡിന്റെ പിന്നെ ഈ എന്താ പശുവും പാലാണെങ്കിൽ റോഡിൽ കറക്റ്റ് സൈഡ് കൂടെ അങ്ങനെ ഈ മിക്സഡ് പാലുണ്ട് കവർ പാല് അതാണ് പകുതിയും പകുതിയായിട്ട് അങ്ങോട്ടും ഓടുന്നു ദിവസം ഇങ്ങനെ അതിൻ്റെ ഒരു സ്വാധീനം ആയിട്ട് പറയാറുണ്ട് പ്രകൃതിയിൽ കാണാം മുളക് രജോഗുണമാണ് പുളി തമോ ഗുണമാണ് ഇങ്ങനെ സത്വഗുണവും രജോ ഗുണവുമായിട്ട് കുതിര രജോ പ്രതിനിധാനം ചെയ്യുന്നു കുതിരയ്ക്ക് കുതിര ഉറങ്ങുന്നത് പോലും കുതിര കിടക്കില്ല അങ്ങനെ സത്വഗുണവും രജോ ഗുണവും തമോഗുണവും ഒക്കെ പ്രകൃതിയിലുണ്ട് അപ്പൊ ഈ പ്ര ഈ ഗുണങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പം എപ്പോഴും നാം പ്രകൃതിയിലാണ് പ്രകൃതിയിൽ നിന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ചിന്മുദ്ര പഠിച്ച സമയത്ത് ഇത് മൂന്ന് ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു സത്വ രജ തമോ ഗുണങ്ങൾ ഇത് ജീവൻ അപ്പൊ ജീവന്റെ വളയല് ബ്രഹ്മത്തിലേക്ക് അപ്പൊ ഇതിനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് നിശ്ത്രൈഗുണ്യോ ഭവെന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വാ ഇതായി തീരും ഇതൊന്ന് വേണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് അകലണം അതുകൊണ്ട് ഇതിൽ ചേർന്ന് നിൽക്കാനല്ല സത്വഗുണത്തിൽ ചേർന്ന് നിൽക്കാനല്ല നിത്യസ സത്വസ്ഥ എന്ന് പറയുമ്പോൾ സത്തായിട്ട് നിൽക്കൂ ഇവിടെ ഗുണങ്ങളിലെ സത്ഗുണത്തെ അല്ല പറഞ്ഞത് അതിനും ആധാരമായിട്ടുള്ള സത് എന്താ സത് ഉണ്മയാണ് പറയുന്നത് നിത്യസത്വസ്തഹ നിർയോഗക്ഷേമ യോഗവും ക്ഷേമവും ഇല്ലാത്തവനായി ആത്മവാൻ ഭവ ആത്മവാനായിട്ട് സ്വരൂപത്തെ അറിയുന്നവനായിട്ട് ഭവിക്കൂ എന്ന് പറയുന്നു പ്രകൃതിയിൽ കാണാം മുളക് രജോഗുണമാണ് പുളി തമോ ഗുണമാണ് ഇങ്ങനെ സത്വഗുണവും രജോ ഗുണവുമായിട്ട് കുതിര രജോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു കുതിരയ്ക്ക് നിന്നിട്ടാണ് കുതിര ഉറങ്ങുന്നത് പോലും കുതിര കിടക്കില്ല അങ്ങനെ സത്വഗുണവും രജോ ഗുണവും തമോഗുണവും ഒക്കെ പ്രകൃതിയിലുണ്ട്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 അതുകൊണ്ട് ഇതിൽ ചേർന്ന് നിൽക്കാനല്ല സത്വഗുണത്തിൽ ചേർന്ന് നിൽക്കാനല്ല നിത്യസ സത്വസ്ഥ എന്ന് പറയുമ്പോൾ സത്തായിട്ട് നിൽക്കൂ ഇവിടെ ഗുണങ്ങളിലെ സത്ഗുണത്തെയല്ല പറഞ്ഞത് അതിനും ആധാരമായിട്ടുള്ള സത് എന്താ സത് ഉണ്മയാണ് പറയുന്നത് നിത്യസത്വസ്തഹ നിർയോഗക്ഷേമ യോഗവും ക്ഷേമവും ഇല്ലാത്തവനായി ആത്മവാൻ ഭവ ആത്മവാനായിട്ട് സ്വരൂപത്തെ അറിയുന്നവനായിട്ട് ഭവിക്കൂ എന്ന് പറയാം എന്താണ് യോഗം യോഗം എന്ന് പറഞ്ഞാൽ യോഗത്തെയും ക്ഷേമത്തെയും കാമിക്കാത്തവനായി തീരൂ എന്ന് പറയാം യോഗം എന്ന് പറഞ്ഞാൽ നേടാത്തത് നേടാനുള്ള ശ്രമത്തെയാണ് യോഗം ഇന്ന് പലതും അതൊക്കെ നമുക്ക് നേടണം വേണം അതിൻ്റെ ശ്രമത്തെ യോഗം എന്ന് പറയും പിന്നെയോ നേടിയതിനെ സംരക്ഷിക്കലാണ് ക്ഷേമം ഭഗവാൻ ഇത് ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് യോഗക്ഷേമം വഹാമ്യാഹം പക്ഷേ നമുക്ക് ഭഗവാനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് നമ്മൾ എൽ ഐ സിയിൽ വിശ്വാസം സമർപ്പിച്ചിട്ടുണ്ട് യോഗക്ഷേമം വഹാമ്യാഹം അവരുടെ ലോകമാണ് ശ്ലോകനാണ് നിർ യോഗക്ഷേമ ആത്മവാൻ യോഗക്ഷേമത്തെക്കുറിച്ച് വ്യാകുലത ഇല്ലാതെ ആത്മവാൻ ഭവ ആത്മപരായണനായിക്കൊണ്ട് ആത്മാവിൽ രമിക്കുന്നവനായിക്കൊണ്ട് ആത്മരതി ഉള്ളവനായി നീ ഭവിക്കും ഗുണങ്ങൾ കപ്പുറത്തേക്ക് പോവും തുടർന്നു सर्वद तावान दगे उदानने अर्थ സർവത എല്ലായിടത്തും സംപ്ലുദോദകേ ഉദകം എന്ന് പറഞ്ഞാൽ ജലം സംപ്ലുദോദകം എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്ന ജലം അങ്ങനെ ജലം എല്ലായിടത്തും മഴക്കാലത്ത് വെള്ളം വന്ന് നിറഞ്ഞിരിക്കുക ഇവിടെ നോക്കിയാലും വെള്ളം മഴയത്ത് കാണില്ലേ പാടവും എല്ലാം ഒന്നായിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സമയത്ത് യാവാൻ അർത്ഥ എത്രത്തോളം പ്രയോജനം ഉണ്ടാകുന്നു ഏതിന് കുതപാനെ ചെറിയ ജലാശയത്തിന് എന്ന് പറഞ്ഞാൽ കുളത്തിന് ചെറിയ കുളം അല്ലെങ്കിൽ ചെറിയ കിണറുകൾ ഇതെല്ലാം എന്തായി തീർന്നിട്ടുണ്ടാവും ഒന്നായിട്ടുണ്ടാവും ചെറിയ ചെറിയ കുഴിയൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ പോയി നമ്മൾ വെള്ളമെടുത്തിരുന്നു പക്ഷേ മഴ വന്ന സമയത്ത് ഇതെല്ലാം ഒന്നായി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഇതെല്ലാം ഒന്നായിരിക്കുന്നു ീ ഒന്നായിരിക്കുന്ന സമയത്ത് വെള്ളം എടുക്കാൻ ആരെങ്കിലും അവിടെ ഒരു കുളത്തിൽ കുഴിയിൽ അവിടേക്ക് പോയിട്ട് അവിടുന്ന് എടുക്കുമോ നല്ല ഉദാഹരണങ്ങളായി ഇതൊക്കെ ആരെങ്കിലും വെള്ളം എടുക്കാനായിട്ട് അങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഇവിടെയായിരുന്നു കിണറ് എന്ന് കരുതി ആ കിണറിൽ നിന്ന് അവിടുന്ന് മുക്കിയെടുക്കൂ ഭഗവാൻ ചോദിക്കുകയാണോ യാവാൻ അർത്ഥ ഭവതി എത്രത്തോളം അതിന് പ്രയോജനമുണ്ട് അതുപോലെ താവാൻ അത്രത്തോളം പ്രയോജനമേ വിജാനദ ബ്രാഹ്മണസ്യ വിജാനത എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുന്നവന് ശാസ്ത്രശ്രവണാനന്തരം ഉള്ള വിചാരം ശ്രവണം മനനം കേട്ടതിൻ്റെ ശേഷമുള്ള എന്താ ശരിയോ തെറ്റോ എന്ന അന്വേഷണം അതാണ് വിജാനത അങ്ങനെ വിചാരം ചെയ്യുന്ന ബ്രാഹ്മണസ്യ ബ്രാഹ്മണസ്യാന്ന് പറഞ്ഞ ബ്രഹ്മത്തെ അറിയാൻ ശ്രമം നടത്തുന്നവൻ ബ്രാഹ്മണി ചരിതും ശീലം യസ്യാണ പൂണൂൽ ധാരി എന്നൊരു അർത്ഥം അതിനില്ല നിങ്ങൾ അങ്ങനെ കൊടുക്കണ്ട ആഹ് സ്വാമി ആഹോ ബ്രാഹ്മണൻ എന്നാ പറയും ഞങ്ങൾക്ക് മറ്റുള്ളവരുടെയൊക്കെ കാര്യം അങ്ങനെ ഇല്ല ജാതിയുടെ എന്താ ജന്മനോ ശൂ ജന്മനോ ശൂദ്രോ ജായതേ എന്ന ജന്മത്തിൽ എല്ലാവരും ശൂദ്രന്മാരാ സംസ്കാരാത് ബ്രാഹ്മണോ ഉച്ചതേ സംസ്കാരത്തിലാണ് ബ്രാഹ്മണൻ ഉണ്ടാകുന്നത് സംസ്കാരമുണ്ട് എന്താണ് അവന്റെ സംസ്കാരം ഉപനയനം ഉപനയന സംസ്കാരം കഴിഞ്ഞിട്ടാണ് ഉപ എന്ന് പറഞ്ഞ സമീപത്തെ നയനത്തെ കണ്ണിനെ സമീപത്തേക്ക് പ്രക്രിയയാണ് ഉപനയനം അതിന് തന്നെ ഇപ്പൊ പറയാ പൂണൂൽ കല്യാണം എന്നാണ് ഒരു ബന്ധുവില്ലാത്ത പൂണൂലിടുന്ന കല്യാണം അപ്പൊ ഉപനയിപ്പിക്കുകയാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് അപ്പോഴാണ് അവൻ ദ്വിജനാവുന്നത് രണ്ടാമത് ജന്മം എടുക്കുന്നത് ആദ്യത്തെ ജന്മം മാതൃയോനിയിലൂടെ അടുത്ത ജന്മം ഗുരു കൊടുക്കുകയാണ് ഗുരുവിൻ ഗുരുവിൽ നിന്നുള്ള ജന്മം അങ്ങനെ അവൻ ദ്വിജനാവുന്നു അപ്പൊ ബ്രാഹ്മണസ്യ ആ ബ്രഹ്മജ്ഞാനിക്ക് വിജാനതഹ ബ്രാഹ്മണസിയ ആത്മതത്വം അറിയുന്ന ബ്രഹ്മജ്ഞാനിക്ക് സർവേഷു വേദേഷു എല്ലാ വേദങ്ങളും ഇതുപോലെയാണ് അവിടെ എവിടെയൊക്കെ കുഴിയും കുളവും ഇതൊക്കെ ഉണ്ടോ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ എല്ലാം എല്ലാ വേദവും ഒരുപോലെ അപ്പൊ വേ വേദങ്ങളുടെയൊക്കെ പരിമി വേദങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കാര്യം അറിയാൻ വേണ്ടി മാത്രം കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയാം പിന്നെ അത് നമ്മൾ കക്ഷത്ത് വെച്ച് നടക്കണ്ട പിന്നെ ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് എന്തിനാണ് പകർന്നു കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അതുകൊണ്ട് ഭഗവാൻ ഇവിടെ വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുന്നു നമ്മളോടുള്ള നിർദ്ദേശമാണ് നമ്മൾ എന്ത് വേണം ഇതൊക്കെ ഇതെങ്ങനെയാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാ ശരി സ്വാമി അപ്പോൾ നൂറ്റിയെട്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഗീത വേണ്ട അല്ലേ വേണ്ട ഗീത വേണ്ട പിന്നെ നമ്മൾ ഗീതയായിരിക്കണം അതാണ് അപ്പൊ പിന്നെ വേറൊരു പുസ്തകത്തിൻ്റെ ആവശ്യം നമുക്കില്ല നമ്മൾ ഗീതയായി കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഗ്രന്ഥരൂപത്തിലിരിക്കുന്നത് ഞാനായി തീർന്നു പിന്നെ അവിടെ വേദചിന്തകൾ ഒന്നുമില്ല ഒരു വേദചിന്തയില്ല ഈ വേദചിന്തകളൊക്കെ അത് അറിയാത്തപ്പോ ഉണ്ടാകുന്നതാ വേദചിന്തകളെല്ലാം എല്ലാ വേദചിന്തയും മാറും അവിടെയാണ് എന്താ ആത്മരതി എന്ന് പറയുന്ന ആ ആത്മാന്വേഷണത്തിൽ തന്നെ അറിഞ്ഞവന് പിന്നെ നായ എന്നോ പോ പ്രശ്നവും ഇല്ല ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ ചട്ടമ്പിസ്വാമികള് തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ അറിയും എല്ലാവർക്കും അറിയുന്ന മഹാത്മാവാണ് പക്ഷെ തിരുവനന്തപുരത്തൊക്കെ പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും ഒരു നല്ല അലക്കി തേച്ച മുണ്ട് വെക്കും എപ്പോഴാണ് സ്വാമികൾ കയറി വരുന്നത് എന്ന് അറിയില്ല അപ്പൊ സ്വാമികൾ എപ്പം വേണമെങ്കിലും വരാം അപ്പൊ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാവും ഒരു സ്ഥലത്ത് സ്വാമിജി ഇതുപോലെ വന്നപ്പം കുറേ പേരുണ്ട് കൂട്ടത്തിലാര നായക നായ്ക്കളൊക്കെയാണ് അപ്പം പറഞ്ഞു കുറച്ച് പേരുണ്ട് ഇലയിട്ടോളാൻ പറഞ്ഞു അപ്പം വന്നിരിക്കുന്നു നായക്കളൊക്കെ അപ്പൊ പറഞ്ഞു എല്ലാം ഇരുന്നോളാൻ പറഞ്ഞു സ്വാമി പറഞ്ഞ എല്ലാവരും കേൾക്കും ഇരുന്നോളാൻ അപ്പൊ വിളമ്പുന്നവർക്ക് തന്നെ വലിയ അത്ഭുതം ഏ പേടിക്കൊന്നും വേണ്ട അത് നമ്മുടെ പഴയ ആർ ടി ഓഫീസിലെ ശ്രീ ആർ ടി ഓഫീസിലെ ശ്രീധരനാണ് അത് ഏത് പണ്ടത്തെ ആളാണ് ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് പറയാം ഇന്ന ആൾക്കാരാണ് ഇവരൊക്കെ വിഷമിക്കൊന്നും വേണ്ട വിളമ്പിക്കോളാന്ന് പറഞ്ഞു വേദചിന്തകൾ അതായത് ആ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭേദവുമില്ല എന്ന് പറയാം ഒരു ഭേദവുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ഈ ഭേദചിന്ത നീങ്ങിക്കിട്ടണം അർജുനന് അത് നീക്കാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത് ആചാര്യസ്വാമികൾ ഭാഷ്യം തുടങ്ങുമ്പം പറഞ്ഞ് ആത്മജ്ഞാനം ബോധിപ്പിക്കുന്നതിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല അപ്പൊ ഭഗവാൻ ഇവിടെ പറയണമെന്ന് നോക്കൂ എന്താണ് എത്ര ഇതിനൊക്കെ എത്ര പ്രസക്തി ഉണ്ടോ മഴക്കാലത്ത് എല്ലായിടത്തും വെള്ളം വന്ന് നിൽക്കുമ്പം ഈ കണറ്റിന് ഞാൻ ഈ കണറ്റിൽ എടുക്കാം കുളത്തുനിന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല നീ നല്ല മഴ വരുമ്പോൾ വേണമെങ്കിൽ നേരിട്ടെടുത്തോളൂ അവിടെ നിന്നും പോയി എടുക്കണ്ട ഒരു ബ്രാഹ്മണൻ ഈ കാര്യമറിഞ്ഞവന് വെള്ള എടുക്കുന്ന എന്തിനാണോ വെള്ളം അതിനുവേണ്ടി അവൻ അങ്ങോട്ടേക്ക് പോവില്ല എന്ന് പറയാം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ കർമ്മയോഗ സൂത്രം ചതുർ സൂത്രം അവതരിപ്പിക്കുകയാണ് ഭഗവത്ഗീതയിൽ വളരെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വളരെ പ്രധാനപ്പെട്ട അടിവര ഇട്ട് വെച്ചോളൂ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ശ്ലോകങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക നോക്കാം നമുക്ക് കർമ്മയോഗത്തിലെ നാല് സൂത്രങ്ങൾ എന്താ ഈ സൂത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഒരു സൂത്രമുണ്ട് ഞാൻ സൂത്രത്തിൽ അത് ഒപ്പിച്ചു അല്ലേ ആ സൂത്രമാണോ ഈ സൂത്രം അല്ല സൂത്രം എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ് ചരട് സൂത്രം ബ്രഹ്മസൂത്രം ഭക്തിസൂത്രം യോഗസൂത്രം അങ്ങനെ സൂത്രങ്ങളുണ്ട് സൂത്രം എന്ന് പറഞ്ഞാൽ മഹത്തായ ആശയത്തെ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നതിനെയാണ് സൂത്രം എന്ന് പറയാം മഹത്താശയ മഹത്തായ ആശയങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്ന വാക്കുകള് വളരെ ചെറുതാണ് അതായത് ഹോമിയോപതി പോലെ എന്ന് പറയാം ഹോമിയോപതി സംഗതിച്ചിടുങ്ങനാണെങ്കിലും സംഭവം അതിൽ കുറയുണ്ട് എന്ന് പറയാം അതുപോലെയാണ് സൂത്രം അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ സൂത്രം തേ കർമ്മണി ഏവ അധികാര കർമ്മണി ഏവ അധികാരേ തേ നിനക്ക് നമുക്ക് കർമ്മണി ഏവ കർമ്മത്തിൽ മാത്രമേ അധികാര അധികാരം ഉള്ളൂ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഇതിനെ ഏറെ കുഴപ്പത്തിൽ ചാടിച്ചിട്ടുണ്ട് ഈ ശ്ലോകം ചൊല്ലിയിട്ട് ഗീത പറയുന്നത് ബൂർഷ്വാസികളുടെ ഭാഷയാണ് ഗീത ഉപയോഗിച്ചിട്ടുള്ളത് മുതലാളി വർഗത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു എന്ന ദുരുദ്ദേശത്തോടുകൂടി സവർണരുടെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബ്ലാ ബ്ലാ ബ്ലാ കുറേ എന്താ പറയുക ഇതിൻ്റെ പിറകിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു വരണ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിനായിട്ട് എന്നും അടിമകളെ സൃഷ്ടിക്കാനായിക്കൊണ്ട് അവർ കണ്ടെത്തിയിട്ടുള്ളതാണ് എന്ത് ഈ ശ്ലോകം അതുകൊണ്ട് കർമ്മണി ഏവ അധികാര നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ എന്തിൽ അധികാരമില്ല ഫലേഷു കഥാചന മ രണ്ടാമത്തെ സൂത്രം ഒന്നാമത്തെ സൂത്രം കർമ്മണി ഏവ അധികാര തേ എന്ന് പറഞ്ഞാൽ നിനക്ക് അതിനെ നമുക്കാക്കാം എനിക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ എനിക്ക് എന്തിൽ അധികാരമില്ല ധികാരം ഇല്ല ശരി മൂന്നാമത്തെ സൂത്രം എന്താണ് കർമ്മഫലഹേതുഹു മാ ഭൂഹ കർമ്മഫലത്തിന് കാരണമായി നീ തീരരുത് നമ്മളോട് പറയുന്നു നാം കർമ്മഫലത്തിന് ഹേതുവായി തീരരുത് എല്ലാം വിസ്തരിക്കാം ആദ്യം സൂത്രരൂപത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ പിന്നെ പറയുന്നു അകർമ്മണി തേ സംഗ മാ അസ്തു അകർമ്മണി കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നതിലും തേ നിനക്ക് സംഗ താത്പര്യം മാ അസ്തു ഉണ്ടാകരുത് വളരെ എന്താ പറയുക ശ്രദ്ധയോടുകൂടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത് അതായത് തേ അകർമ്മണി അകർമ്മണി തേ സംഗ മാ അസ്തു എന്ന നീ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നതിൽ നിനക്ക് സംഘം ഉണ്ടാകരുത് ീ കർമ്മം ചെയ്യാതെ ഇരിക്കുന്ന ഇരിക്കുന്നവനാകരുത് എന്ന് പറഞ്ഞിട്ടില്ല കാരണം നിനക്കത് സാധ്യമല്ല എന്നറിയാം നമുക്കൊക്കെ നമ്മൾ തെറ്റായി ധരിച്ചിരിക്കാം അതുകൊണ്ട് ആ സംഘം ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്നുള്ള തെറ്റായ അബദ്ധധാരണ അത് വെച്ച് പുലർത്തണ്ട വിസ്തരിക്കാം കർമ്മണി ഏവ അധികാര കർമ്മത്തിൽ മാത്രമേ നമുക്ക് അധികാരം ഉള്ളൂ ശമ്പളത്തിൽ അധികാരമില്ല എന്നല്ല ഭഗവാൻ ഇവിടെ ഒരു ശമ്പള കാര്യത്തെക്കുറിച്ച് ഒരു ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത് ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞിട്ടുള്ള കർമ്മത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ നിയമമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മം നമുക്കതിൽ നിന്ന് ഒന്നാമത്തെ പാഠം മുതൽ തുടങ്ങാം കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ് ചലനം ചലനം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ ചലനം അത് തന്നെ മാനവ ജീവിത പരിണാമത്തിൻ ചലനം ചലനത്തിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് പറയാൻ ചലനം വയലാറിന്റെ ഗാനങ്ങളൊക്കെ ഗംഭീര എല്ലാം വേദാന്തമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ പലരും പല വിധത്തിലത് മനസ്സിലാക്കിയിരിക്കും എന്തായാലും അതിനൊക്കെ ഇനിയിപ്പോ സ്വാമി അതിനെക്കുറിച്ച് ചർ ഇതല്ല ഒരുപാട് കാര്യങ്ങൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വലിയ വലിയ ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഉപനിഷത്തും ഗീതയുമൊക്കെ അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം നമ്മൾ കർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ എടുക്കുക കൊടുക്കുക മേടിക്കുക ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ ഇതിനെ വിസ്തരിക്കുന്നുണ്ട് നഹി കശ്ചി ക്ഷണമപി ജാതുതിഷ്ടത്യകർമ്മകൃത് കാര്യദേഹ്യപശ കർമ്മ സർവപ്രകൃതി ജൈർഗുണേഹി അതിപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ് അപ്പോഴും നമ്മളിതിനെ വിസ്തരിക്കുക പ്രപഞ്ചത്തിലെല്ലാം ചലനത്തിന് വിധേയമാണ് ചലനമില്ലാത്ത കർമ്മമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ ഇല്ല അത് ബ്രഹ്മത്തിൽ മാത്രം അതുകൊണ്ട് ഭഗവാൻ ഈ കല അഭ്യസിപ്പിക്കുന്നുണ്ട് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ഒക്കെ കാണാൻ പറയുന്നുണ്ട് തലയ്ക്ക് വട്ടുപിടിക്കുന്ന ഒരു ഏർപ്പാടായിട്ടൊക്കെ തോന്നും ഇത് മനസ്സിലായിട്ടില്ലെങ്കിലേ ഈ വട്ടുപിടിക്കുന്നത് അതങ്ങോട്ട് മനസ്സിലായാൽ വളരെ എളുപ്പമാണ് അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക ചലനം എന്ന് ചലനം നമ്മെ സംബന്ധിക്കുന്ന ചലനങ്ങൾ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് മാനസോല്ലാസം എന്ന വാർത്തിക രചിക്കുന്ന സുരേഷ് രാചാര്യർ കർമ്മത്തെ നാലായി പറഞ്ഞിരിക്കണം ക്ഷമിക്കണം കർമ്മ പഞ്ചവിധം ബുധാ അഞ്ചായിട്ട് പറഞ്ഞിരിക്കണം സുരേഷ് രാചാര്യർ ഇതിനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ അതിലാണ് ഇതിനെ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നത് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് മാനസോല്ലാസം എന്ന് വാർത്തിക രചിക്കുന്നുണ്ട് അവിടെ കാണാം അത് ബുധാഹ കർമ്മ പഞ്ചവിധം കർമ്മപഞ്ചവിധം ബുധാഹ കർമ്മത്തെ പ്രകാരത്തിലെ ജ്ഞാനികൾ പറയപ്പെട്ടിരിക്കുന്നു ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ ഉത്ക്ഷേപണം ഉയർത്തൽ ഉക്ഷേപണം അവക്ഷേപോ താഴ്ത്തൽ ഇങ്ങനെ ഉയർത്തുക താഴ്ത്തുക ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം പോക്ക് പ്രസാരണം വലിച്ചു നീട്ടൽ ആകുഞ്ജനം അടുപ്പിക്കൽ ചുരുക്കൽ ഇങ്ങനെ ഉയർത്തലും താഴ്ത്തലും പോക്കും വലിക്കലും ചുരുക്കലും ഇങ്ങനെ അഞ്ചു വിധം കർമ്മം ഈ അഞ്ചു വിധം കർമ്മം കൊണ്ടാണ് താജ്മഹൽ ഉൾപ്പെടെ ഈ പത്നി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം ഇങ്ങനെ ഉയർത്തിയിട്ടും താഴ്ത്തിയിട്ടും പോയിട്ടും വലിച്ചിട്ടും ചുരുക്കിയിട്ടുമൊക്കെ അപ്പൊ കർമ്മം പഞ്ചവിധം വൃത്തമൊക്കെ ഇതിൽ കർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മൂമെൻറ്റാണ് മുകളിലേക്കും താഴേക്കും അതുപോലെ വലിക്കലും ചുരുക്കലും ഗമനവും ഈ കർമ്മത്തെ കൊണ്ട് ചെയ്യാവുന്നത് എന്തൊക്കെ അതിനി പറയാൻ പോവുക ഈ കർമ്മം കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധിക്കും സാധിതമാണ് അതിനെക്കുറിച്ച് അടുത്ത് അതിനെക്കുറിച്ച് ഇനി കേട്ടോളൂ അതിൽ ആപ്യം ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രാപിക്കൽ കർമ്മത്തിലൂടെയാണ് നിങ്ങൾ ഈ ഹോളിനകത്ത് എത്തിച്ചേർന്നത് കർമ്മമാണ് നിങ്ങളിവിടെ എത്തി എന്നത് എന്താണ് ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് ഇത് നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ് നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാവുന്നത് കർമ്മം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കി നീ ആ കർമ്മത്തിൻ്റെ പരിമിതികൾ അത് ബോധിപ്പിക്കുകയാണ് ഒന്ന് ആപ്യം പ്രാപിക്കൽ രണ്ട് ഉത്പാദ്യം നിർമ്മാണം ഉണ്ടാക്കൽ ഉത്പാദ്യം നമ്മൾ ഈ ഹോളിനെ ഉണ്ടാക്കി ഇത് മുൻപില്ലായിരുന്നു അങ്ങനെ ഈ ഹോൾ ഉണ്ടാക്കി ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മോള് വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ നമുക്ക് പലതും ഉത്പാദിപ്പിക്കാം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു കർമ്മം കൊണ്ട് സാധിക്കുന്നതാണ് ഉത്പാദ്യം പിന്നെ നമുക്ക് സാധിക്കുന്നത് വികാര്യം വികാര്യം എന്ന് പറഞ്ഞാൽ വികാരപ്പെടുത്തുക പരിണമിപ്പിക്കുക വികാര്യം നമ്മൾ ദിവസവും ഇങ്ങനെ വികാ എന്താ പറയുക പരിണമിപ്പിക്കുന്നുണ്ട് എന്താണ് പാല് കേടുവന്നു അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തു അതിൽ കുറച്ച് തൈരൊഴിച്ചു എന്നിട്ട് അതിനെന്താക്കി മോരാക്കി അല്ലേ അപ്പൊ പാല് കേടുവന്ന പാലും അല്ലെങ്കിൽ തന്നെ പാലിനെ മോരാക്കാം അതായത് പാലിനെ തൈരാക്കാം ആ തൈരിൽ നിന്ന് കടഞ്ഞ് വെണ്ണയെടുക്കാം വെണ്ണ ഉരുക്കി നെയ്യാക്കാം അങ്ങനെ പലതും ചെയ്യാം ഇതൊക്കെ വികാര്യമാണ് പരിണമിപ്പിക്കലാണ് ഇത് കർമ്മം കൊണ്ട് സാധിക്കാവുന്നതാണ് വികാര്യം ഇഡലി ബാക്കി വന്നാൽ ഉപ്പുമാവാക്കാം അത് ബാക്കി വന്നാൽ വീണ്ടും എന്തെങ്കിലും ചെയ്യാം അങ്ങനെ പലതും നമുക്ക് ചെയ്യാം